മാഭാവങ്ങളിൽ നിന്നുള്ള അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണം ഉലമാവുല്ലാഹ്റത്തിന്റെ അരാമാസിപ്പെട്ടതാണ് അത് ഖുർആനിൽപ്പെട്ട അഞ്ചായത്തിൽ നിന്ന് പിടിച്ചെടുത്തതും ആണ് അതിന് അതിൽ ചെലതുണ്ടല്ലോ അൽ ഹസിയത്തും അത് ഹസുറും മത്തവാദവും ഹസിനുള്ള വൈസാറുള്ള ആഹ്ലത്തെ അലതില്ല അഞ്ചെണ്ണും خشية الخشوع تواضع بتر الخلق يثار الناس على الدنيا ايما تدبرنا سوده هذه خشية انهم من قوله تعالى بنما يخشى الله من عباده العلماء خشوعا فمن قوله تعالى خاشعين لله لا يسترون بي ايات الله ثمنا قليلا وما تواضعوا فمن قوله تعالى وخصل جناح الذل للمؤمنين وَأَمَّا حُسِرُوا الْخُلَقَ وَفَمِنْ قَوْلِهِ تَعَالَىٰ فَبِمَا رَحْمَةٍ مِّنَ اللَّهِ الْإِنْتَ لَهُمْ وَأَمَّا الزُّهُدَ وَفَمِنْ قَوْلِهِ تَعَالَىٰ وَقَالَ الَّذِينَ أُوتُوا الْإِلْمَ وَيْلَكُمْ ثَوَابُ اللَّهِ خَيْرٌ لِمَنْ آمَنَ وَعَمِنَ صَالِحَانَ إِلَّوْا إِلَّا وَل अन्नाहु तादा वतन हिदातिना कान उद्देहिस्याल इस्लामिन निवेदी अन्ना सदर ने शरह जिय्यम ननवरुद इस्लाम अलैहि सल्लल्लाहु अलैहि वसल्लम अदा हिदाति फकीर लहू मा आवश्यकहु एंदाना शरह नवरनाल तो कहा इनन नूर इदा कुफी फिकल्बी उर प्रतेग नूरुंड अदा नूरु ननूरु ननदा फहुवा अफमन सधहल्लाह सदरहु लिल इस्लाम फहुवा ला नूरिन रब्बीनु वराअतिलुंड കബിന്റെ വക്കൽ നൂറ് ആ നൂറാണ് അൽസ്ലാമിങ് വന്നത് അതിന്റെ അൽഫിലാമായല്ലോ അന്നൂർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചതഹലിതനുണ്ടാകുന്ന ഒരു നൂറ് എന്ന് പറഞ്ഞല്ലോ ആ നൂറ് കൽബിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ സതുറം എന്താക്കും അങ്ങനെ വിശാലമാകും വം ഫ അതന്നെ വിശാലമാകും അലാമത്തിൻ അതിന് വല്ല ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു ആന തന്ന അലിയുമെല്ലാം പറഞ്ഞ മൂന്നുണ്ട് അത്തരാൻ ദുൽ കുറൂർ വൽ ഇനാപത്ത് കമിൻ ദാറുൽ കുറൂർ ഏതാ ദുഞ്ഞാവ് അതിനകത്തൊട്ടുള്ള അകൽച്ച ദാറുൽ കുറൂർ പരലോകം അതിലേക്കുള്ള ഇനാപത്ത് രണ്ടായി ഇവിടെ നിന്ന് അപ്പുറം പോകാനാൽ പിന്നെ ആടിയല്ല അത് എനിക്ക് തന്നെ സ്ഥലത്ത് കൊണ്ടുണ്ട് വൽ ഇനാപത്ത് എന്തിനാ കൂട്ടിച്ചേർത്തുന്നത് ദാറുൽ കുറൂറിന തൊട്ട് അകന്ന് അപ്പുറം പോയുമില്ല എന്നാൽ എന്തായി ഏടിയെത്തേണ്ടായി എല്ലാ കുഞ്ചാങ്കങ്ങളും തൽക്കാലം മരിക്കോളും കിട്ടിയിട്ടെങ്കിലും പറയാനാ അപ്പൊ രണ്ടെണ്ണം പേട ഏട്ന്ന് പിടിയും പേണോ അവിടെ എത്തിയും പിന്നെ മഴത്ത് മൗത്ത് ഹാങ്ങറാവുന്നതിന് മുമ്പായിട്ട് മൗത്തിന്റെ വീണ്ടും എന്തെല്ലാം തയ്യാറെടുപ്പുണ്ടോ എല്ലാം റെഡിയാക്കി നോക്കാം എപ്പ ഉടനെ ഇറങ്ങലേ ഉള്ളൂ എന്ന് അല്ല അന്നേരം അഭിനേഷിക്കാനുണ്ട് കള കൊടുക്കാനുണ്ട് കൊച്ചി അതൊന്നും പറയാൻ പറ്റില്ല അങ്ങോട്ട് തീർന്നു അലാമാതിൽപ്പെട്ടതാണ് അവന്റെ മഹെന്തായിരിക്കണം അമര സംബന്ധമായ എൽമിനെക്കുറിച്ചായിരിക്കണം അമരനെ ഫസാദാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൽബിനെ തശവീശാക്കുന്ന കാര്യമെന്താണെന്ന് അതുപോലെ വസുവാഹത്തിന് ഇളക്കി വിടുന്ന കാര്യമെന്താണ് ചെറിനീനുണ്ടാക്കുന്ന കാര്യമെന്താണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മുടെ ഫൈനിന് അസല ദീനെന്താണ് അത്തവക്കയും ഇത് ചെറിനെ തൊട്ട് കാക്കൽ എന്നുള്ളത് നീനിന്റെ അസിലപ്പെട്ടതാമല്ലോ ചെറുത് വരാതിരിക്കൽ എന്നെന്താണ് വീനിന്റെ അസിലാകും അതുകൊണ്ട് ചെറുത് എവിടുന്നൊക്കെ വരും എന്താണെങ്കിലും എന്തൊക്കെ ചെറുണ്ടാവും അതൊക്കെ അറിഞ്ഞു വെക്കണം വലിതാലിക്കീ അറത്തു ചെറു ലാരി ചെറുദി ലാക്കില്ലി തവക്കി മിനന്നാസിന്ന് പറയുന്നുണ്ട് ഞാൻ ശരനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഷെറിനെടിച്ചല്ല ശരനെ കത്ത് കാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ പെടാതിരിക്കാനും ഷരനെ ഒരാൾ അറിയുന്നില്ലെങ്കിൽ എന്താകും ആയുധത്വം അറിയില്ലെങ്കിൽ ചെറു പോയി പോകുമല്ല അതാണ് ഒരു ന്യായം വര്യണ്ണൽ ആമാനൽ ഫേലിയത്ത കരീപത്വം ശേലീയായ അമലുണ്ടല്ലോ കൽബിയല്ല ഖേലിയായ അമാലുകൾ വളരെ കരീബത്താണ് അലാ ദിക്കലില്ലാഹിച്ച ആ ഫേലീയ അമാനൽ നിന്ന് ഏറ്റവും മുന്തിയത് മേലേക്കടയിലുള്ളത് ഏതാണ് അന്നാഹുവല്ല ദിക്കലേൽ മുബാലപത്താണ് കൽബ് കൊണ്ടും നിസാന രണ്ടും കൊണ്ടും വേണം വൈന്നമശയുമാരിഫത്തി പിന്നെ അതുകൊണ്ട് ശകിനെന്തായിരിക്കണം ഈ അമാരകനെ ഫസാദാക്കുന്നതും അതിൽ തശവീസ് ആക്കി കളയുന്നുണ്ടല്ലോ ചിലത് ഫസാദ്ണ്ടാക്കി കളഞ്ഞു ചിലത് തശ്വീസ് ഉണ്ടാകും തശവീസം പണി നടക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും കൽപ്പി തട്ടൂല വെറും തെല്ലോണ്ട് അങ്ങനെ ആകൊണ്ട് പണി ഇങ്ങനെ നടക്കുന്നുണ്ട് കാച്ചിരിപ്പിടിച്ച ആ കാച്ചരി ലഫും കിട്ടും പക്ഷെ മനസ്സിന് ശരി ഉണ്ടാവില്ല ആകോ തശ്വീശാണ് അതിനെപ്പറ്റി അറിയൽ വളരെ ശകിനാണ് മഹാകാമ്മ തർവ എന്ന് പറഞ്ഞ ഇനുണ്ടല്ലോ അതൊരുപാട് ശാഖയും ശാകോപശാഖയും കൂടി സാധനങ്ങളാണ് പല കാര്യങ്ങളുണ്ട് വക്കുല്ലുതീവും മസീസുൽഹാജി ഇലയിൽ വകം മുടിയിൽ ബൽബിക്ക് തരീക്കില്ലാറ അതിലേക്ക് ആവശ്യം വാലിമാകുന്ന കാര്യങ്ങളാണ് താനും അതോടൊപ്പം സുലൂക്ക് തരീക്കിലാ ഇത് ബൽബ ഇവനെ പിടികൂടുകയും ചെയ്യും ഇവയ്ക്ക് ചില കൊഴിഞ്ഞു മാറാൻ ഈ ചെയ്യൂല ജീവിതത്തിൽ ആവശ്യമേണ്ട സംഗതി ആയിരിക്കും അതോടെ തൊലൂക്ക സരീക്കിലാണ് ഇത് ഒരു പൊളിയെ കച്ചവടക്കാരനൊക്കെ കണക്കൂട്ടുന്നു കച്ചവടക്കാരൻ കണക്കൂട്ടണ്ടേ ആവശ്യമില്ല അല്ലേ വളരെ തൊലൂക്ക സ്ഥലത്ത് നിൽക്കുമ്പോൾ ആൺകുട്ടിയൊക്കെ വാമ ഉ എന്താ ചെയ്തത് പൈനം എത്തുമാറായ്മോമത്തിൻ്റെ ഉടമാവ് തുഞ്ഞ ഒരു പരിപാടി എന്താണെന്നറിയോ ലോക്കോ മാത്തിലും കഥാകളിലൊക്കെ ഓരോ കേസിവിസ്ഥാനങ്ങളിലൊക്കെ വിവിധങ്ങളായ കഫരിയാത്ത് ഇങ്ങനാകുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അഥവാ ഇങ്ങനെയായെങ്കിൽ എങ്ങനെയായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്തെങ്ങനെ പല ഊഹാപോഹങ്ങളുണ്ടാക്കി പല ഹസ്തിമാലാത്ത ഉണ്ടാക്കി അതിന്റെ ജവാബം കണ്ടെത്തിയിട്ട് വെക്കണം ചിലപ്പോ കൊറേ സുഹൃത്തുകൾ ഉണ്ടാക്കും അത് സ്യാമെന്നാണ് ഇവർ അങ്ങോട്ട് സൂറത്ത് സമപിച്ചിട്ടുണ്ടാവുന്ന ചില സാങ്കൽപ്പികമായി അവരപ്പിക്കില്ല എങ്ങനെ അതിന് മറ്റൊരു ന്യായം പറയുന്ന എന്താണെന്നാണ് സിയാമെന്നാണ് സമയത്ത് ഉണ്ടാവുന്നത് ഇവർ കസ്റ്റിൽ കൂടി പേരിൽ ഇപ്പം തന്നെ വെറുതെ വെച്ചാണെന്നൊക്കെ പറയുന്നത് അത് ഏതൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ പോയാളേ കണ്ടാക്കി വെക്കുന്നു ലോകം ബന്ധിനേ അരിച്ചം കലക്കി വെക്കണം ക്രമിക്കുന്ന വെച്ചിട്ടുണ്ട് മിസം വന്നാ ഇത് കുടിക്കാൻ അപ്പൊ വെട്ടക്കാരൻ വന്നാൽ കൊടുക്കാനുള്ള എന്ന് പറയും വെച്ചം മാറാനുള്ളതല്ല മെറ്റക്കാരൻ വന്നാൽ ഭയം കൊടുത്തു കൊടുക്കാനുള്ള കുറെ സാധനങ്ങൾ തയ്യാറാക്കി ഭയങ്കര അപ്പൊ കാലങ്ങൾ കഴിയുന്ന ഓരോ സുഹൃത്തുകൾ സങ്കൽപ്പിച്ചിട്ട് വയം വക്കാലത്ത് ഇനി അഥവാ സംഭവിക്കുന്നതിന്റെ വക്ക അങ്ങനത്തെ വാക്കേറ്റുണ്ടെന്ന് വെച്ചാൽ തന്നെ മൈന്ന മാസാക്കാൻ എവിടെയോ അല്ല സംഭവിക്കുന്നത് ജീവനിക്കല്ല ബാറാക്കോ സംഭവിക്കുന്നതിന് ആട ഇവിടെ ഉടപിടിക്കേണ്ടത് വൈറാ വക്കാലത്തിന് അല്ലെ അഥവാ സംഭവിച്ചാൽ തന്നെ കാനസിൽ കായ്മീന മിനാ കത്തിടപ്പിന് അത് നടത്തിപ്പോരാൻ വേണ്ടി വേറെ ആളുണ്ടല്ലോ അത് നടത്താൻ വേണ്ടി വേറെ ആളില്ലേ അപ്പൊ മൾട്ടി സ്പെഷ്യൽ ആശുപത്രി ഉണ്ടാകുമ്പോ നമ്മുടെ എന്തിന് എഴുതുന്നു എന്നതിന് വരാൻ നിൽക്കുന്നു സമയം പോക്കാന്ന് കൊന്ന സൂചി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് അഞ്ചു ദിവസം അടുത്ത സൂചി വെച്ചു ഇത് കമ്പി കണ്ടെടുത്ത് രാവിലെ പിടിച്ച് ചൂടാക്കിയാലും തുളയാൻ തുളച്ച് തുളയാക്കിയതിൽ പെട്ടെന്ന് തൊളയാ കിട്ടുമോ ചെറിയ ചെറിയ തൊള ചിലപ്പോ രണ്ടു മാസം പഴിഞ്ഞിട്ടുണ്ട് അവർ സൂചിയാക്കാൻ വയത്തുറക്കുവാൻ ആദ്യ അവസരത്തിൽ ഇവർ ഉപേക്ഷിച്ചു മായുലാതിമുഹും വയത്തക്കർ വാണി മാനാ അല്ലാലി മാത്തുവാസന്നഹാർ രാവും പകലും ആവർത്തിച്ചാവർത്തിച്ച് വരുന്നതും ഇവർക്ക് തന്നെ നിർബന്ധമാകുന്നതുമായ പല കാര്യം ഒഴിവാക്കിയിട്ടുണ്ട് ഇടാം വേണ്ടപ്പെട്ടത് ഒഴിവാക്കി എന്തിനാ വെച്ചിട്ടുണ്ട് ഇവരെ ഹവാസിടും ഇവരെ ഇവർ അയമാരിലും അനിവാര്യമായ പല കാര്യങ്ങളും ഇവിടെന്താക്കി ബുദ്ധിമതി എന്നല്ലേ വേണ്ടി ആടാത്തിയി അപ്പൊ വമാബാദരി വിജയത്തിനെ തൊട്ട് എത്ര ദൂരത്താണ് മൻ ഉത്സൻ ബാറ മൊഹിമ്മ നഫ്സിൽ ലാതിമ ഇവന്റെ നിർബന്ധമായതും വളരെ അത്യാവശ്യമായ കാര്യം എന്താക്കി വേണ്ട മിച്ചു എന്തിന് വേണ്ടിയിൽ ബാറരാക്കുള്ള മൊഹിമെന്ന് വന്നിച്ച് അതാണെങ്കിലും അനാദിർ എപ്പോ സംഭവിക്കുന്നത് ഇവനിക്ക് ദൈനംദിന ആവശ്യത്തിൽ വളരെ അത്യാവശ്യമായ കാര്യം ചാടിയിട്ടെന്താക്കി അതിന് ശ്രദ്ധ വെക്കാതെ വേറെന്തോ ഒരു കാര്യത്തിന് ആരിക്കോ എപ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇവരോട് വടവുക എന്നിട്ട് അതിനെന്താ പേര് ഈ താരള്ളി തക്കറുബി മൽക്കബോലി മിനൽ ഹൽക്കി അതുകൊണ്ടെന്താ കിട്ടല് അന്നാണെ കൊണ്ട് അടുക്കലല്ല അടുപ്പണക്കുള്ള ചിലപ്പോ എന്തെങ്കിലും ഈ സമീപം കിട്ടിയെന്ന് വരും അല്ല തക്കറുബ് മിനലായ സുഭാനുഭൂത്താല തക്കപ്പിനെക്കണം എന്താണ് എന്നിട്ടോ വൻ അല്ല ഈ താറന്റെ വാക്കിയല്ലത് ഒമ്പത് ഈ താറമുണ്ടെന്നപ്പോ അവനെ നിങ്ങത്തല്ല പറയുന്നത് അള്ളാടെ തക്കപ്രഭിനേക്കാളും വലിയ തക്കപ്രഭായത് ജനങ്ങളോടുള്ള കക്കപ്രഭു എന്ന് മാത്രമല്ല വാറഹൻ സി അഞ്ഞു ദുന്യാവിന്റെ മക്കളായ കുറെ ബത്താലിയുണ്ട് ഓർ ഇവനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും എന്താ പറയറ്റ് എന്നൊക്കെയാണ് അവനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അത്യാഗ്രഹമാണ് ഇവനെ പ്രേരിപ്പിച്ചത് മറ്റേതായാലോ ഒന്നും സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടാവില്ല മറ്റേ ഫാദിർ സർട്ടിഫിക്കറ്റ് മുഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആലിമം വിറ്റക്കായ്ക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും ഇത് വന്ന് ഇതിന്റെ വക്കൽ ഈ നന്ദാന്റെ വക്കന്ന് കിട്ടിയ ജസാകൾ എന്താണ് ജനങ്ങളെ തക്കറപ്പ് കിട്ടാനല്ലേ പണിയെടുത്തെ ജനങ്ങൾക്ക് ആയിരിക്കും വില വേണ്ട എന്ത്യായിരിക്കുന്ന എന്നെല്ലാവർക്കും വേണ്ടത് ജനങ്ങൾക്കായിരിക്കും വില വേണ്ട കബോല വേണ്ടതില്ല ഒരു ഇന്ദിഫം ഉണ്ടാക്കിണ്ടാവില്ല മാത്രമല്ല ഓറെ കബോല പ്രകടമാക്കി ഇവയ്ക്ക് ജീവിക്കാൻ നേരം ഉണ്ടാവില്ല അതാദുറാലി സഫഭൂമി നവായി ആ കബൂലി കിട്ടിയാൽ തന്നെ കാലഘട്ടത്തിൽ നിണ്ടാകുന്ന ഓരോ നവായ്പ് കാരണത്താല് ഇവന്റെ ആ ആ അതിന്റെ ആ പപ്പുകൊണ്ടല്ല തെളിഞ്ഞ അവസ്ഥ തെളിഞ്ഞ അവസ്ഥ കാതെ കലപ്പ് സംഭവിച്ചിട്ടുണ്ടാവൂ അപ്പൊ കൽഭാഗത്തെ നിക്കച്ചും തുമ്പാവൂല മിസ്റ്റ് ചെല്ലാതും തുമ്പാവൂല ഉണ്ടാവില്ല തുമ്മ ചെരിതൊരു കയ്യാമത്തെ മുപ്പലീസൻ മുസഹത്തിറൻ്റെ കയ്യാമം നാൾ എത്തുന്നവരത്തിൽ മുഫലീസാണ് ബേജാർ വിളിച്ചവനാണ് ൾക്ക് ധാരാളം ലാഭം കിട്ടിയിട്ട് കാണുന്നുണ്ട് കിട്ടിയിട്ട് കാണുന്നുണ്ട് ആ കാണുന്ന അവസരത്ത് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളത് വനക്കത് കാണൽ ഓറെ കലാമ്പ് കേട്ടാൽ അമ്പിയാക്കല കലാമിനോട് വളരെ സാദൃശ്യമുള്ള കലാമെന്നായിരുന്നു അച്ഛൻ ബസരി തങ്ങളുടെ കലാമ അമ്പിയാക്കല കലാമ് പോലിരിക്കൂ ഇനിയോ ഓറെ ജീവിതോ വാക്തമുഖം ഹതിയും നിനസ്സഹാമത്തിനധികം ഓറെ ജീവിതം നോക്കിയാലോ സഹാമത്തിന്റെ ജീവിതത്തിനോട് വളരെ അപുറമാകും അച്ഛൻ ബസരി തങ്ങളെ പറയുന്നു പിന്നെ ഇഷ്ടഭൃത്തി ആ വിഷയത്തിൽ ഓറെ ഹക്കിനെ സംസാരിക്കുന്ന കലാമുണ്ടല്ലോ അസംബ്രസിദ്ധിച്ചങ്ങളെ പറ്റി ജനങ്ങൾ പറയുന്നത് എല്ലാ റിക്യൂസാധ്യം ആരും രണ്ടഭിപ്രായം പറയാനില്ല ഈ ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്നെല്ലാവർക്കും അച്ഛ്രായക്കാറാം അനാദാലിക്കുന്നത് കൊണ്ട് എന്നാ വക്കാൻ അക്സർ കലാമിനി സവാത്തിൽ കുലബന്ന മൂപ്പർ കലാം അധികം എന്തിലാണ്ടവാത്തിൽ കുലബിലാണ് കല്ലിലേക്ക് കടന്നു വരുന്ന സവാത്ത് അത് ജയിത്താണ്ടതാന്നോ എല്ലാ അള്ളാന്റെ വക്കന്നാന്നോ ലെഫ്റ്റിൻ്റെതാന്നോ മലക്കിൻ്റെതാന്നോ ആകെ ഇല്ലല്ല അച്ഛൻ രണ്ടേ ഉണ്ടാവുള്ളൂ രണ്ടെണ്ണത്തിന് ഓരോന്നിനെയും രണ്ട് ചാതി ഉണ്ടാക്കി ജയിൻ വി അപ്പൊ ഒന്ന് മലക്കിൻ്റെത് ഒന്നത് മറ്റൊന്ന് ലെഫ്റ്റിന്റെ മറ്റൊന്ന് ജയിച്ചാണ്ട് അച്ഛനുണ്ടാകാനും ഒന്നും മലക്കും ചേറ്റാനും വന്നു അതീതിയിലുള്ളത് മരക്കിനോടൊപ്പം എന്താകും ഇരാഹിന്റെ ഇണ്ടാതെ കൂട്ടിക്കൊടുക്കുക ഇത് നെഫ്റ്റിന്റെ സഹായം കൂടെ കൂട്ടിക്കൊടുക്കുക അപ്പൊ നാലെണ്ണം നാലുണ്ടാവും ചിലപ്പോ ഇരാനി എന്താകും മഴക്കും മുഖേന വരും ചിലപ്പോൾ മഴക്കുവാസി കണ്ട് ഇറാനി മാത്രം വരും ചിലപ്പോ ലെഫ്റ്റ് മാസത്തി ആയിക്കൊണ്ട് ചേച്ചാൻ കൂട്ടിക്കൊടുക്കും ചേച്ചാൻ നേരം ഉണ്ടാവില്ല നേരെ നെഫ്റ്റാ ഉണ്ടാവുക ചിലപ്പോ ലഫ്റ്റ് ഇല്ലാതെ കണ്ട് നേരെ ചേച്ചാൻ കയറും അപ്പൊ ഇത് എന്താണ് ഏതിനത്തിലാണ് വിടുക അതായത് എങ്ങോട്ടതിന്റെ പോക്കിലുണ്ടാകുക ഈ ഹവാത്തിനനുസരിച്ച് അമൽ ചെയ്താൽ അനുസരിച്ചല്ല അമലുണ്ടാകുക അതുപോലെ ഫസാദുൽ റഹമാനെക്കുറിച്ചാണ് മൂപ്പറ ചർച്ച വസാദിസ് ഉൽ നസുസിനെ സംബന്ധിച്ചാണ് അതുപോലെ വസിഫാത്തുൽ ഖസിയത്ത് ആമിദത്തിൻ ഈ ഷഹവാത്തിൻ നഫ്സിന്റെ കൂട്ടത്തിൽ നിന്ന് ആമിദത്തായ ഹസിയായ ചില സിഫാത്തുണ്ടല്ലോ പട്ടുമാക്കിയില്ലാത്ത അതിനെക്കുറിച്ചൊക്കെയാണ് മൂപ്പറ സംസാരം അതേ വസ്ത്രം ഓറാണെങ്കിൽ അമ്പിയാക്കളുടെ സംസാരത്തിനോട് തുല്യമായിരുന്നു എന്ന് എല്ലാവരും ഇത്തിഫാസാണ് അപ്പൊ അത് ശരിയായ പോക്കായല്ലോ വക്കീൽ വക്കീല വക്കത് കീലല്ലഹു അപ്പൊ ചോദിച്ചി നിങ്ങള് ചില സംസാരം പറയുന്നത് വേറാണോ വക്കുന്നത് ക്ഷേത്രം കിന്നില്ലല്ല വേറാണോ എന്ന് വെച്ച് പറയുന്നില്ല നിങ്ങളെ പറയുന്നതാണല്ലോ നിങ്ങക്ക് മാത്രം നിങ്ങൾ മറ്റുള്ളവയാക്കും ഇത് സമിന്ന അയിന അസത്ത കുഞ്ഞുങ്ങൾ എവിടുന്നാദ്യ പഠിച്ചെടുക്കുന്ന കാലം പറഞ്ഞ ഹൃദയത്തെ പിന്നെ തങ്ങളെ വക്കങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞത് അവർക്ക് ഹാഫ്യല്ല സാഹിബ് നിങ്ങൾ അസൻ ബി സാഹബിനെ കണ്ടിട്ട് പോണീലാ ഞാൻ വിചാരിച്ചു പറഞ്ഞ് മുപ്പതോളം സാഹബികളോട് സഹബത്ത് തവാക്കുക അറിയപ്പെട്ടെന്നാണ് അസൻ ബസ് സാഹബികളെ പൊരക്കാൻ പ്രസവിച്ച തൊട്ടിൽ കിടക്കുന്നു മുഹമ്മദ് സൽമാന്ന് പാലില്ലെങ്കിലും മഴ കൊടുക്കുന്നു ഉമ്മപ്പുറം മുമ്പും നൂറായിരത്തി പേരെ അക്രമത്തിന് സാധ്യത അല്ല സ്ഥാപനത്തിൽ കണ്ടില്ലോ പക്ഷെ അതിന്റെ ഒരു വേണം എന്തുവാണോ ഒരു തിയറി ഉണ്ട് അക്രമത്തിന് താരത്തിൽ കണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ വേറെ ഇസ്ലാമിക് കരേ കാര്യം സുബൂട്ടായി പോകും ഇന്നിട്ടുള്ള ക്രൂരത്തിന് ശ്രദ്ധിക്കുന്നതിന് ഒരു കുളമുണ്ടാവും ഞാൻ വരാണെങ്കിലും സ്വദേശ താങ്കളോട് ചോദിക്കപ്പെട്ടു കറാക തത്തക്കല്ലം ഈ കലാമിൽ ലായിസ്മാൻ എന്നായിരിക്കും പിന്നെ സഹാബ അതാ സഹാബത്തിന്റെ വക്കൽ നിന്നും മറ്റാളുടെ വക്കൽ നിന്ന് കേൾക്കാത്ത ചില കലാമ നിങ്ങളുടെ വക്കൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കപ്പെട്ടു അപ്പം ഇല്ല അതിനാ സഹുത്തം പോകുന്നതിന് തനതാ ചോദിച്ചത് ഈ റസൂറും ഈ റസ്സല്ല എനിക്ക് പ്രത്യേകമായി പഠിപ്പിച്ചതെന്നാണത് അപ്പൊ സഹാബിനെ കണ്ടതല്ല സാബിയാന ഇതുമാത്രം പോരെ ജനങ്ങളെല്ലാവരും നബീസം നന്നോ അനിയസം തമ്മിലോട് ഖൈറിനെ കുറിച്ച് ചോദിച്ചു എന്നാലോ വക്കും തൊസ് അനുഹോ അനിൽ ചെറു ഞാൻ ചെറുനെ കുറിച്ചാണ് ചോദിക്കും എന്തെല്ലാം കാലം ചെറു നബീസൻ അതിനകത്ത് മഹാസതാന്റെ കാത്തി ഞാനതിൽ പൊട്ടുപോകാതിരിക്കാൻ പഠിക്കും പൊട്ടുപോകുമ്പോ എന്ന് പഠിച്ചിട്ട് ഏതൊക്കെയാ ചെറുതും ചോദിക്കും എനിക്കറിയാം ഖൈറേതാന്നുള്ളത് ആ എൽമ എന്നം മറികടക്കൂലെന്ന് എന്നെ എനിക്കറിയാതാണോ അത് തിരിയാണ്ട് പോല ചെറിനെ കുറിച്ചാണ് ചോദിച്ചറിയേണ്ടത് ഹൈർ എങ്ങനെയെങ്കിലും തിരിയും എൽമ എന്നറിയത്തിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നില്ല വക്കാല മാൻ അരിമല്ലു ഹൈറാം ചെറു ചോദിക്കുന്നത് എന്ത് ചെയ്യാന്ന് വെച്ചപ്പം ഹൈറിനെ അറിയൂല അരി ചെറിയാത്ത വേർതിച്ചറിയ ഹൈറിച്ചും വെറുതെ وطيل فمن الاخره كانوا يقولون يا رسول الله ما لمن عمل هذا علمنا لمن عمل هذا كذا وكذا يسالونه فضائل الاعمال ترى الرسول صلى الله عليه وسلم ചോദിക്കുന്നു ఇన్ అమల్ చేయాలి ఎందుకట్లా విట్టుంది ఇన్ అమల్ చేయాలి ఎందు విట్టుంది యస్అలునహు అన్ ఫజాయిల్ అల్ అమాల్ చెలరే రసల్ సల్లల్లాహు అలైహి వసల్లం జోడికున్న ఇన్ అమల్ చేయాలి ఎందుకట్లా విట్టుంది എന്നാ വക്കൂൺ തു അക്കൂൾ യാർ അക്കൂൾ എന്താ മാ കഥ ഇന്ന കാര്യം പ്രസാദാക്കുന്ന കാര്യം എന്താണെന്നാണ് എന്റെ ചോദ്യം ഈ ഒരു ചർമ്മ പെട്ടെന്ന് ചെച്ചിട്ടുണ്ടല്ല പതാകുള്ളമാർ ഇന്ന ഇന്ന അമേച്ചയിലെ പതാകിട്ടുമ്പോൾ ഇന്ന് ഇന്ന കുറ്റകൃത്യത്തിന് ഇന്ന മാതിരി ഗൗരവമുണ്ട് എന്ന് ഒരു പ്രത്യേകം പുറത്തേക്ക് ക്ലാസ് പോകണം എന്ന് പരമ റഹാനിഹൻ ലായമാനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ ഹസ്തനി ബിഹാദൻ നിൽമി ആ ഇനിമ എനിക്ക് ഒളിപ്പിച്ചാണ് ചോദിക്കാത്ത ഇനിമോ മറ്റുള്ളവർക്ക് ചോദിച്ചനുസരിച്ച് കൊടുത്ത് അതാണ് ആ ഹസ്തനിന്റെ വായന അതല്ലാണ്ട് മറ്റുള്ള ആളെ തൊട്ട് ഒളിപ്പിച്ചു വെച്ചു എന്നല്ല അങ്ങനെ വേണുണ്ടോ ഒളിപ്പിച്ചു വെക്കുന്ന ഒരുപാടല്ല ഞാൻ ചോദിച്ചത് അതായിരുന്നു അതിന്റെ ഉത്തരം എനിക്ക് പറഞ്ഞ് അപ്പൊ ചോദിച്ചാണ് ഞാനേ ഉള്ളത് അപ്പൊ ഉത്തരം കിട്ടാണ്ട് ഞാനേ ഉള്ളൂ അതിന് ആ ഖസ്തനി ബിഹിക്ക് ഒരു ഈനാമുണ്ട് ആ ഈനാമ് എടുക്കണ്ടേ <f> <Original> <sullos> ി ദുൽ ഫിത്തൻ നിസാഖിന്റെ ഇൽമ അതുപോലെ തന്നെ നിസാഖിൽ ഉണ്ടാകുന്ന അസ്ബാബുകൾ ഫിത്തലിന്റെ ദക്കായിക്കൾ മുഴുവനെ കുറിച്ചിട്ട് അറിയിലോട്ട് മൂപ്പുറം മുപ്പുറതായ ആളാണ് ഒരു പ്രത്യേകം വ്യക്തിത്വം പ്രചരിച്ചു لَتوافَقَنا امرُ عثمان رضي الله عنه واكابر الصحابة رضي الله عنهم الله امين اود يسالونه عن الفتنة العامة هم عنده خاصة هم عنده من القصة عام্মাชണ്ടാగుంది ఫితనే ఎందు ఖాసైట్ ఉందన్న ఫితనే ఎందునల్ల ఆరొడు కలుకుం హుదైఫాత తగలొడు కలుచారు వకాన యసలు అని మునాఫికీంగల గురించి అడిగకుం మునాఫికీంగల ఆరేకియను ఫయఖమరు మి ఆదబి మన్ బqiya మిన్హుం ആ കൂട്ടത്തിലുള്ള എണ്ണമേ ഊപ്പർ പറഞ്ഞു വലായ പേര് പറഞ്ഞു കൊടുക്കൂലാണ് പേരുപാൽ തന്നെ മീമത്താണ്ടാന്ന് വെച്ചിട്ടുണ്ടെ ഇന്നാളും മുനാഫിക്കാന്ന് പറഞ്ഞില്ല ഇന്ന് ഇത്ര മുനാഫിക്കണ്ടെന്ന് പറഞ്ഞു എണ്ണം മാത്രം പറഞ്ഞു ആളെ പറഞ്ഞു കൊടുക്കൂലാണ് ആളപ്പറഞ്ഞ കുഴപ്പം വരുവല്ല എന്നിട്ട് ചോദിക്കും ആ കൂട്ടത്തിൽ ഞാനുണ്ടോന്ന് പറ്റി ഉമരണങ്ങളെപ്പറ്റി ഓരോരിക്കുന്നു ആ എണ്ണം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ും ഇങ്ങല്ലാഹുമായി ചോദിക്കു ജനാസ് കൊണ്ട് വന്നിട്ട് നിശ്ചയിക്കാൻ വേണ്ടി ക്ഷണിച്ചാരി റബിയല്ലാഹുമായിരുന്നു ഈ ജനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ നോക്കും ഉണ്ടെങ്കിൽ മുനാഫിക്കെല്ലാം തിരിഞ്ഞു മുനാഖത്തിൽ നിച്ചിരിക്കാൻ പാടില്ല എന്നല്ലേ കല്പന ും മാതല്ലേ മനു വെച്ചിരിക്കാൻ പാടില്ല അതാ ഹുദൈഫർ അബിയുള്ള പങ്കെടുത്തെങ്കിൽ എന്ന് മനസ്സിലാക്കാല്ല എന്നാ അമർ അതാ ഫൈൻ ഹൃദൈഫർ അബിയുള്ള ജനാധിപത്യ പങ്കെടുത്തെങ്കിൽ വല്ലാ തറച്ചല്ലെങ്കിലോ അമർ അലിയല്ലാഹെന്ന് പങ്കെടുക്കൂലെന്നാണ് വക്കാന സാഹിബ് സിറ എന്നോർക്കൊരു പേരുണ്ട് ഹൃദയഫ തങ്ങൾക്ക് അപ്പൊ അതൊക്കെ സ്തംഭവട തീർന്നു നീ പറയട്ടെ പൽ മക്കാമാസിൽ കൽ അഹവാലി തഹബു ഒഴമായി ലാഹറ എന്നാണ് പറഞ്ഞു വരുന്നത് കൽബു സംബന്ധമായ അഹവാലുകൾ അതിന്റെ മക്കാമാസുകൾ മുതലായവ അറിയിന് അതിനെ പ്രത്യേകമായി ഇപ്പൊ കണക്കിലെടുക്കൽ എന്താ ഉരമാ ഉല്ലാസത്തിന്റെ കരുതിയിൽപ്പെട്ടതാകുന്നു ഒരമനെ അമൻ എന്ന് പറയാൻ പറഞ്ഞ പതായുകൊണ്ട് അടിക്കാൻ പതി അമൻ എന്തുകൊണ്ട് പസാതായി പോകും ഈ അമൻ എന്തുകൊണ്ട് തയ്യാവാണ്ടായി പോകും ആൾക്കെങ്ങനെയും കമ്പ് അമ്പലം തീരുന്നോക്കിലോ ഒന്നാൽ പറയാൻ എത്ര ബോധിച്ചില്ലാത്ത കുറബിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അംഗവേദ അൽബം ഏത് കൽബ് സുത്തൂന്ന അൽബം അല്ല അത് വേറെ പോകൂലെ ഉണ്ടാവില്ല മുന്തരി പക്ഷേ ഈ പന്നുണ്ടല്ലോ ഈ കൽഭസംബന്ധമായ ഈ പന്ന് അത് ഗരീബാണ് അധികം ആളുകൾക്കും അറിയാത്തതായിപ്പോയി മുന്തരിശൻ തേഞ്ഞുമാഞ്ഞു പോയതായിപ്പോയിരിക്കുന്നു അതിൽപ്പെട്ട ഏതെങ്കിലും വസ്തുവിനെ പറയാൻ വേണ്ടിയിട്ട് ഒരാടിന് മെനക്കെട്ടാൽ അത് വളരെ ഗരീബായിട്ട് അത്യാപൂർവമായ ഒരു കാര്യമായിട്ടും ഇതൊന്നും ഇല്ലാത്തതായിട്ട് വളരെ ഭയങ്കര ആയിട്ടായിരിക്കും മറ്റുള്ള ആളുകൾ കാക്കപ്പെടുകയാണ് നീക്ക മാത്രം വേറെ ആയിരിക്കും ഇല്ലാത്ത നീക്ക് മാത്രം എന്തെങ്കിലും മറ്റുള്ള ആളില്ല മുതക്കാരാ എന്നിട്ട് പറയുമ്പോ തസ്വീക്കുൽ മുതക്കിരീൻ ഏ പീക്കൂ ഇതൊക്കെ മുതക്കിരീങ്ങൾ ഓരോ തസ്വീക്കപ്പെട്ടതാണ് തഹസീക്ക് എവിടെയെന്ന് ചോദിച്ചു അഭിപ്രായം പറഞ്ഞാൽ കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പാചകം കൊണ്ടുണ്ടാക്കുന്നില്ലേ ഇതിന് തടക്കീറാക്കുന്ന മുതക്കിരിയങ്ങളില്ലേ എന്ന് ആരെ പറ്റി ആശയപാറ്റി പറയും ഇതൊക്കെ അവരെ പാസംഗം മാറിയ ബാചകതർത്താം സഹസിക്കവിടെ ഇച്ചിരി പറഞ്ഞ സഹസീച്ചവടെ ഉണ്ടും വേറെ ചോദ്യം ഇന്ന ചൊവ്വയറോ അന്ന സഹസൈക്കൽ മുജാദലാത്ത് ഇവർ അടിപൊളി കൂടുന്ന മുജാദലാത്തിന്റെ തടുക്കുണ്ടല്ലോ അതിലാണ് സഹസിക്കേണ്ടതെന്നാണ് ഇവർ അഭിപ്രായം നമ്മളീ കാട്ടുന്ന കളപുട്ടകൾ ഇതേ തെറ്റൊക്കെ നിൽക്കുന്നത് നിങ്ങളി പറഞ്ഞതിൽ എന്ത് തെഹിച്ച് അതൊക്കെ ഒരു വലക്കത് സതക്കമങ്ക ഒരു പാട്ടുകാരൻ പറഞ്ഞത് അത്തുറു ശത്താവുറു കുൽഹത്തിമുറത്തു അത്തുറുക്കു ശത്താവറു കുൽഹത്തിമുറത്തു ൾ പലതുണ്ട് പല തുറുക്കുകളാണ് കണക്കില്ലാത്തതുകൊണ്ട് ചിന്നമല്ലമായി കിടക്കുന്നു തുറുക്കുൽ ഹക്ക എന്ന ഹക്കുള്ള ദുർക്കടത്തുണ്ടാ മുപ്പുറത്ത് തന്നെ ആ ഒറ്റ ഒന്നുണ്ടാവും എല്ലാത്തിനും ഹക്കുണ്ടാക്കുന്നില്ല ശരീരത്ത് പല ആ തട്ടപേസ് പോലാന്നല്ലേ പറഞ്ഞത് ക്കിന്റെ തരീക്കിൽ പ്രവേശിച്ചാള് ആളുകൾ താലിക്യങ്ങൾ അപ്രാധികങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഉറച്ചപ്രക്ഷാനും ന്യൂനപക്ഷം ലാജുറപൂന ആ തുറുക്കുൽ ഹക്കിൽ പ്രവേശിച്ച അപ്രാധികളുണ്ടല്ലോ അവരങ്ങനെ പെട്ടെന്ന് അറിയപ്പെടില്ല കാരണം ബഹുഭൂതി പെട്ട മറ്റൊന്നായി പോയപ്പോ ഇവർ അങ്ങനെ അറിയപ്പെടൂലല്ല ഒറ്റപ്പെട്ട ആളുകളാണ് അവരെ മക്സൂ എന്താണെന്ന് നീട്ടിതിരില്ല അവർ അങ്ങനെ മഹേരായിട്ട് പുസ്താദീങ്ങളായിട്ട് വളരെ മുസ്യങ്ങളായിട്ട് അച്ഛൻ പൊളിയില്ലാതെ ഇങ്ങനെ നല്ല സൗമ്യമായിട്ട് നടന്നു പോകുന്നുണ്ടാവും ും ജനങ്ങൾ മുഴുവനും കഫലത്തിലാണ് എന്തിനെ തൊട്ട് അമ്മാറാദിയും ജനങ്ങളെ കൊണ്ട് എന്താണ് അമ്മാവക്കാരെ ഇവിടെ ഉദ്ദേശിച്ചത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇവർ പടക്കപ്പെട്ടത് ആ കാര്യത്തിനെ തൊട്ട് നിന്ന് കഫലത്തിലാണ് ജനങ്ങൾ ഫജുല്ലുഹും അതുകൊണ്ട് അഫലത്തായ കാരണത്താൽ അതിലുള്ള ഭൂരിപക്ഷ ആളുകളും റുക്കാതെ ഹക്കിന്റെ സബീറിനെ തൊട്ട് ഉറക്കത്തിലാവുള്ളത് നിങ്ങൾക്ക് ആയിട്ട് എന്താ ചൂട് എന്ന് ചോദിച്ചാലാ അങ്ങനെ ചൂട് വേണ്ടി വരുമെന്ന് തന്നെ വെക്കാം എല്ലാവരും അങ്ങനത്തെ ജാസീലിലോന്ന് നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് ജാസിനകത്ത് ഇങ്ങനെ സൂസിപ്പൂ നടക്കാം വരൽ ജുംല മൊത്തത്തിൽ പറഞ്ഞാല് ജനങ്ങൾക്ക് ഇന്ന് എന്താ കിട്ടണ്ടേ ഭേം പരിപാടി ചെയ്യുന്ന എളുപ്പമുണ്ടൊന്നും പ്രയാസമില്ലാത്തത് അത് ബേം ചെയ്തിട്ടിന് തട്ടിപ്പാചര്യം കൊടുക്കണം മഴമാര് സഹിയാണ് സഹിയാണ്ടാന്നില്ല ആട്ടൊന്നും ഇപ്പില്ലാന്ന പറയുന്നുള്ളൂ ഓരോ കാലത്ത് ഈ പറയുന്നു എളുപ്പത്തിട്ടിക്കോട്ടി ഉറങ്ങാൻ പറ്റുന്ന പരിപാടി എന്താ എന്നോട് പറയാൻ പോല വാലത്തി ഫലായമീരു അക്കത്തരോ അക്കത്തരോക്കും ചായന്നില്ല ഇല്ലി ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണോ ബേം ജയിച്ചിലാക്കുന്നത് അത് ിയും അവരവരെ പുരതിക്കിയ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് അത് അതിന്റെ ഫൈനൽ ഹക്കം ഊർവൻ കാരണം ഹക്ക് എന്നത് കുറച്ച് ചെയ്പ്പുള്ള സാധനമാണ് അതെല്ലാവർക്കും ഇപ്പുണ്ടാവില്ല വൈറ്റ സുഖം ഉണ്ടാവില്ല വൽ വുക്കൂഫ് സഹബോൻഡ ആ ഹക്കുമ്പോ തന്നെ നിൽക്കുക എന്നുള്ളത് കുറെ പ്രയാസമുള്ള സംഗതിയാണ് ഞെടുക്കേണ്ടത് വൈദറാഖ് ഹുശീരൻ അത് കണ്ടെത്തി പിടിച്ചെടുക്കുന്നുണ്ടല്ലോ അത് ഹിദറാഖുജി കൈവശാവത്തിലേ പ്രാപിക്കൽ എന്ന് പറയുന്നില്ലേ പ്രാപിക്കലല്ലേ അത് വളരെ കഷ്ടപ്പെട്ടിട്ട് വേണ്ടതാണ് തനിയെക്കു മുസ്തായബറോൺ അതിനേക്കുള്ള മാർഗമാണെങ്കിലോ വലിയ ആഴമേറിയതും കുറച്ച് വളഞ്ഞു പുന്തിരുവല്ലുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ട് ആരുണ്ട് വനാ സിയമാരിഫത്ത് സിഫാത്തിൽ കൽപ്പി അതിൽ നിന്ന് പ്രത്യേകിച്ചും സിഫാത്തുൽ കൽപ്പിനെ കുറിച്ച് അറിയില്ല അതിനകാണ് പ്രയാസുള്ളതാണ് و تطهيره من الاخلاق المذمومه هي مذمات يا اخلاق ذات صدق ماكل ادلهريന് പറയാസണ്ട് അറിയില്ലാണ കാണ പറയാസല്ല അത് പ്രവൃത്തിമാക്കലി പിന്നെ ذلك അങ്ങനെ വന്നാണ് അണ്ടോ നസഹൽ ലറൂഹ ലദ്ദവാമി ദായിമി അദ് റൂഹിന ഹുലും ബോര ദോനൂനം അത്ര പറയാസണ്ട് ഇനെ കൊണ്ടോ തൂവാനില്ലാ റൂഹിനെ വെക്കും പോലെ തോന്നു വസഹിബഹു ഇൻസില മൻസറ തച്ചാരിനി ലിദ്ദവാഇ അതിന് ഉദാഹരണം പറയട്ടെ നിന്തരും ഒരു കൈപ്പുള്ള മരുന്ന് കുടിക്കുന്നു ഒരു ചോക്കേട് മാറാൻ വേണ്ടി എന്നിട്ട് അയാളുസാറ മാറാറത്തീ ആ കൈപ്പുള്ള മരുന്നിന്റെ മാറാറക്കണ്ടല്ലോ കൈപ്പുണ്ടല്ലോ അതിനെ കൂടെ സഫൂറാക്കേണ്ടി വരുമല്ലോ പിന്നെ അധികം അതിഷ്ടീല്ലാത്തതുകൊണ്ടേ മതിർക്കുന്ന മരുന്നില്ല എളുപ്പത്തിലാകുന്ന പത്യം പാലിക്കാണ്ടാവുന്ന മരുന്നില്ല അതിലാണ് ഇപ്പം എല്ലാ ചികിത്സകളും മാറിയും പായുന്നത് നിങ്ങൾ കെട്ടാൻ കുടിക്കണം നല്ലിരിക്കു പോകണോ മറ്റേ സത്യം പാലിക്കണം മീൻകുട്ടി കൂടെ ഇറച്ചിക്കുട്ടി കൂടാ അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും രോഗിനെ കിട്ടോ ഇന്ന് ആ അതേപോലെ തന്നെ മുമ്പും പറയുന്നു വയന്തിനു വയന്തിനു മനസ്സുക മഞ്ജാല മുദത്തൻ നമ്പറി സൗമഹു പോകുമ്പോൾ വികാസിച്ച് അതായത് എക്കോരും കിട്ടം ഇന്തൽ നോക്കി എല്ലെങ്കിലും മറ്റൊരുദാഹരണം ജീവിതകാലം മുഴുവനും നോമ്പുകൊക്കുന്ന ഒരു തന്നെ മനസ്സിൽ ഇറക്കണം ഫോണീ കുറെ കഷ്ടപ്പാട് കഴിച്ചില്ലേ അതെന്തിനാണ് മരിക്കുന്ന ആ നല്ല നോമ്പോ പോക്കാനും പതിച്ച് മത്തനാ തകത്തൂറൂർ തകമ്പത്ത് തീഹാതെ തരി കാലം കാര്യം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തെരീക്കെതിരി എപ്പോഴാണ് മനുഷ്യന്മക്ക് ആഗ്രഹം ആഗ്രഹം വർദ്ധിച്ചു കിട്ടണ്ടേ എപ്പം കിട്ടുകയാണോ വിചാരിക്കുന്നു ചോദ്യം വലിതാലിക്കയിൽ അതുകൊണ്ടാ പറഞ്ഞു ഇന്ന മുാനത്തിൽ ബസരത്തെ ഞാത്തും വൈശ്ശരീന മുത്തക്കല്ലിമൻ ശരീനങ്ങനെ വന്നത് സുറൂനാണ് ആ അതെങ്ങനെയാണ് വാബു യാ എങ്ങനെ വന്ന ഞാൻ കുറച്ച് നോക്കി ശ്രദ്ധിക്കുന്നുണ്ട് വഴമ്പിലും തടക്കീറിലും മാറ്റി നൂറ്റി ഇരുപത് മുത്തക്കല്ലിമ്മികളുണ്ട് ഭാരതും ബാബിൽ തലച്ചീറും പറയും വലം ഞക്കും മഞ്ഞത്തറ്റല്ല നോക്കി ഇൽമിൽ യക്കീനിൽ കുലോബി വസിഫാത്തിൽ യക്കീനിനെ കുറിച്ചുള്ള ഇൽമ് അഹ് ഉൽ കുറിച്ചുള്ള ഇൽമ് ബാത്തലി സിഫാത്തിനെ കുറിച്ചുള്ള ഇൽമൊക്കെ ചർച്ച ചെയ്യുന്ന ആളാരെയുള്ളൂ മൂന്നാള് മാത്രം മൂന്നാൾ എത്ര ശതമാനമായി എന്ന് പറഞ്ഞിട്ട് മൂന്ന് ശതമാനം എത്തൂല നൂറാണെങ്കിൽ മൂന്ന് ശതമാനമായി നൂറ്റി ഇരുപതല്ലേ ഉള്ളത് ആ മൂ നാലാരാ ഒന്ന് ഫഹദ് സഹദ് തസ്രി റളിയല്ലാഹു തഹൈ അബ്ദുറഹീം എന്നെ മൂ നാലാണ് മ വകാന അജിസു ഇലാ ഉലൈക്കൽ ഖൽഖുൽ കസീറു അല്ലാ ജീഹസ വഇലാ ഹാഉലൈ അദുഉ യസീറു എന്നാണ് ആദാം പറഞ്ഞ 117 ആളില്ലേ ഓർക്കാണെങ്കിൽ കാണാതെ ഇല്ലാത്ത ജനകൂട്ടം ജല്ലെ 7 ലക്ഷം ജനങ്ങളെ തাড়ിച്ചൂടെ ഭയങ്കരമാണ് അതാ ഉലൈക്ക എന്ന് പറഞ്ഞാ ആദാം പറഞ്ഞേ മൂന്നാളോ ഉലായിച്ചിണ്ടല്ല കാൽ കൽകുൽക്ക തീറും അല്ലത് ഈ ലായു എണ്ണിയാ തീരാത്ത ജനം വൈലാ ഹാവുലായി ഹാവുലായി ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നാക്കോ അതതൊഞ്ഞ് തീറും കല്ലമായി ഉല്ല കുറഞ്ഞ എണ്ണം പത്ത് ഏറെ പ്രയാസം പത്തിനപ്പുറം ഉച്ചകെടക്കൽ വളരെ പ്രയാസം അതിന് കാരണുണ്ട് അന്നൻ നഫീസ് നദീസ് ലായത്തുകൾ ഇല്ല ലഹിൽ ഹസ് നഫീസും നദീസുമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകക്കാർക്ക് ആ ന്യൂനം കുറഞ്ഞാളുണ്ടല്ലോ ആ കൂട്ടർക്കേ ബിറ്റിയുള്ളൂ വമാ യുവതുകളിൽ ഉമ്മി സമൃഹവും കറിയുമ്പോൾ എല്ലാവർക്കും പൊതുവിതരണം ചെയ്യാനുള്ള ധാരാളം ഉണ്ടായിക്കോട്ടെ അപ്പൊ കാതല കിട്ടുന്നത് കുറച്ചാളെ ഉണ്ടാവുകൊണ്ട് അതിന് കുറച്ചാളെ വീണ്ടും ഇനിയുള്ളതാണ് കാര്യമായ വിഷയം ومن لا ين يكون اعتماده في هجومه على بصيرتي وإدراكي بصفائق القلب لا على الحق في الكتب ولا على تقرير ما يسمعه من غيره gefيلانه. ها ومنه علامات البطناء ان يكون اعتماده في هجومه او ان هجومه الا ان اعتماده يكون على بصيرتي او ان بصيرتي ملاجئا له اعتماده കണ്ട മാത്രം വായിക്കാൻ അതിനപ്പുറം ദീർഘ ധരിച്ചോളണം എന്ന് ചിന്തിക്കേണ്ട എവര് മാത്രം വായിക്കുന്ന പരിപാടി ഞാൻ അവസാനിപ്പിക്കണമെന്ന് പറയുന്ന കേട്ട ആ കേട്ട മാത്രം എഴുതേ വായിച്ചൂടും ആ വായിക്കതിന്റെ അപ്പുറം ഇപ്പുറം കണക്കാൻ പാടില്ല അന്നേരം പിന്നെന്താകുന്നു അപ്പം നാൾ കൊയ്യണ്ടെന്നാളായി പോവുക അത് വേറെ പ്രശ്നേണ്ടത് അപ്പം നാൾ കൊയ്യോണ്ടുന്നാളായി പോവും ആ അതാ കേസ് കണ്ട കേൾക്കേണ്ടെന്ന് പറഞ്ഞാൽ അതോ വൈദറാക്കി ഹി ബി സഫായ് കൽവിന്റെ കൽവിന്റെ സഫായ കൊണ്ട് ആ കാര്യം ഇതിരാക്കില്ല ഇതക്കുറ മാധ്യമങ്ങൾ മാത്രമാണ് കാര്യം തീരിലേക്കുള്ള വസീല മാത്രമാക്കണം ഇതുമാത്രം ഇതിനോട് തന്നെ ചടഞ്ഞു നോക്കിയിരിക്കുന്നുണ്ടല്ലോ യോഗ്യവായിക്കുന്ന വരുവല്ലോ അതാണ് അവസാനിപ്പിക്കണം ലാസ്മോളേ മാതിരി ചെയ്യാൻ പറ്റൂലിൻ വൈരന്റെ വെക്കൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ ആ തക്ലീദിന്റെ മേലും അവസാനിപ്പിക്കാൻ പറ്റൂല വേണ്ടേ വൈന്നമൽ മുക്കല്ലത് സാഹിബു തക്കരീദ് മുക്കൽ ശരിയായ മുക്കല്ലതാ സാഹിബു സ്ഥലമാനാന്ന് സാഹി ആ ശരിയായ മുക്കല്ലത് മുക്കല്ലത് എന്നാണെങ്കിൽ മുക്കല്ല ഇത് എന്ന് വെച്ചാൽ പുതിയതല്ല എന്തി സീമാറബി തങ്ങളെന്തിനാണോ കൽപ്പിച്ചത് വക്കാലങ്ങൾ അതുപോലെ തങ്ങൾ പറഞ്ഞ വിഷയത്തിലും അന്നേരം ചോദിക്കും സഹാബത്തിനെ തകരീതാക്കണ്ടേ വൈന്നമായൊക്കണ്ടു സഹാബത്തു റോയും സഹാബത്തിന്റെ പ്രവർത്തനം തക്കറിയിതാക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നബീസല്ലമാർ അലി വസല്ലമാർ കാണുകയും കേൾക്കുകയും ചെയ്തതിന് ദലീലാണ് എന്ന ആ ദലീലാണ് എന്നുള്ള ഭാഗത്തിൽ കൂടിയാണ് ഉണ്ടാക്കുന്നത് സഹാബിനെ തകരീതാക്കുന്നതിന്റെ അർത്ഥം വ്യക്തിന് വ്യക്തിയാക്കിയിട്ടല്ല തക്കറിയിതാക്കുന്നത് അപ്പൊ മുലർക്ക പറഞ്ഞെല്ലാം കേൾക്കണം മുലർക്കെ പറഞ്ഞ ദീനാക എന്ന പരിപാടിയെ കൊടുക്ക മുലർക്കാൻ മൂളി സഹായത്തിൽ ഉണ്ടല്ല ജോലി വിളിച്ചാലും മുഴുവരി സന്നത്താക്കണം തുമ്മ തുമ്പോൾ ഒന്നുകൂലി സന്നത്താക്കണം സുമ്മൈതാക്കല്ലാഹിബ്സറായി തൊണ്ണമാലക്കി തലക്കി അക്മാലി വാക്കാലിയിൽ കബൂൽ ഇതെന്താക്കി സായിബുസ് നബീസാഹ്ലീദും ഒക്കെ കബൂലോടുകൂടി ഏറ്റുവാങ്ങി ഇതെന്ത്ണം സ്വയം ഹരീസനുവാങ്ങിയ കാര്യമുണ്ടല്ലോ അതിന്റെ അത്തുകാറുകൾ എന്താണിത് അത്രാലി ഹിക്കുമത്തുകൾ എന്തല്ലാന്ന് അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ അങ്ങേറ്റ ഹരീസ് ഇതിങ്ങനാക്കിയതിനുള്ളിൽ എന്താ രഹസ്യം ഫൈനൽ മുക്കല്ലിതന്നമായ എപ്പനൽ എന്ന സാഹിബ്റായിരുന്നു ആ പ്രവൃത്തി ചെയ്യൂ എങ്ങനെ ചെയ്തു സാഹിബുസ്റ്ററായി അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന കാരണം വന്നിട്ടാ ചെയ്യാം എന്നിരുന്നാലും ഫീലുണ്ടല്ലോ ആ സീലി അങ്ങനെ ആകാൻ കാരണം അതിൽ തോന്നി സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് കേട്ട എന്നിട്ടോ ഫോൺ പറഞ്ഞൂന്ന് അങ്ങനെ സായിബുസ്സറെ പറഞ്ഞിരുന്നിന്റെ അസുറാറിന്റെ അസുറാ ബഹദ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റത് സതീദാക്കണം എന്തുകൊണ്ടാ കാരണം എന്ന് അറിഞ്ഞോ ആ കേൾക്കുന്ന മാലും ആ മായുക്കാലുവിനെ മാത്രം കാണാപ്പടാക്കുന്നതായി എന്ന ഓരോ കാറ്റവും സമം എന്നാ പയനാട്ട പൊട്ടിപ്പാട്ടവും ഇപ്പോഴത്തെ കാറ്റും സി ഡിയിലുണ്ടല്ല അതൊക്കെ സമാ എന്താണെന്ന് അങ്ങനെ പറഞ്ഞിരുന്നു കാരണം വ്യാണ്ടിൽ നിന്ന് വലായക്കൂന് ആനിമൻ പക്ഷെ ഓന ആനിമ എന്ന് പറയാൻ പറ്റില്ലല്ല അപ്പൊ സി ഡി അരിമ ഉണ്ടേ അപ്പ പറഞ്ഞ അക്കംപാത്തുനിന്ന് മനസ്സിലാക്കാണ്ടായ കേട്ടത് കോപ്പി അടിച്ച അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക അന്ന് നിൽക്കന്നുണ്ടോ ഞാൻ കേട്ടതാവിടെ ഞാൻ മുക്കല്ലിതാണ് അതിനകത്ത് പ്രസംഗം കൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും രണ്ടുപയോഗാത്ത രോഗി തന്നെ മനസ്സിൽ കണപ്പടക്കം ഒരാഴ്ച ഒഴിവും തരണോ അങ്ങനെ തന്നെ കണപ്പാടാക്കിയിട്ട് വന്ന് പറഞ്ഞുതരാം എന്നാൽ നിങ്ങൾ പറഞ്ഞത് തെറ്റൂല്ല ഞാൻ പറഞ്ഞേക്കാം ഇന്ന രസംഗം ഞാൻ കണപ്പാടാക്കിയിട്ട് പറയുകയാവുന്നു അത് തന്നെ നമുക്ക് കുറ്റി പറയുകയും ചെയ്യാം അല്ല ഇന്ന ഇന്നാള് പറഞ്ഞതിൽ എതിരാഴ്ച വരാത്ത രീതിയിൽ അവരെ രൂപരേഖ കായത്തന്നെ ദുന്ദസുകളെന്ന് പറയും അപ്പൊ അതിനുപേരോട് എന്തത് ഇന്ന് രണ്ട് പൈ കസ് യോജിച്ചില്ല ഓരോരുത്തരുടെ വായിക്കുന്ന അപ്പൊ പൊട്ടിപ്പാട്ടൊക്കെ കൂടിയാണിതിന് വലിയ വരുന്നൊന്നുമില്ല വണിദാലിക്ക് കാനയു കാലു ഫുലാനും ഇന്നാളെ ഇൽമിന്റെ സീഡിയാണ് എന്ന് പറയാ പല വിത്തമ്മ ആലിമൻ പക്ഷെ ആലിമ അത് വേണ്ടൊടുക്കാൻ പാടില്ല അപ്പൊ ഇതാക്കാന ശനു നിഫതും ഇന്നുകൾ ഇത്തിലായി അനൽ ഹിക്കമി വല്ല അസറാ ആ കാര്യത്തിന്റെ ഹിക്കമത്ത് അസറാറിന്റെ ആ കാര്യബോധത്തിൽ ഒരു കടമ്പുണ്ടല്ലോ എന്താണ് എന്തിനാണെന്നുള്ളൊരു ഒന്നുണ്ടല്ലോ അത് ഇത്ര ആകാത്ത കാലത്തോളം വെറും ഹിശുർ മാത്രം ആക്കുന്നുണ്ടെങ്കിൽ ആനിമ എന്ന് വരണ്ട വാണ് സീഡിപ്പറ്റി നിങ്ങൾ പറഞ്ഞോളി എന്നു കൽബിളിൽ അവിടെ മുക്കല്ലത് എന്ന് വായിക്കണം ഇവന്റെ കൽബിനൊട്ടെന്ത് ചെയ്ത് റിത്താ ആ മുഖം മൂടി തുറക്കപ്പെട്ടു ഹിതായത്തിന്റെ നൂറുകൊണ്ടവന്റെ പ്രകാശം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരായി ഇവൻ തന്നെ മസുപൂർവം മുക്കല്ലതുവറ്റാള് ഇവന്റെ കോൻ അംഗീകരിക്കുന്ന ആളായി വഴയേണ്ടത് ഫലായന്താല്ത കൈറഹ് ഇങ്ങനത്താണ് റെയിലിന് എന്ത് തകലീതാക്കുന്നത് അവിടെ തകലീത ഇവർ കള്ളവട്ട ബസ് എടുത്ത് അതിന്റെ കാര്യകാരണ സഹിതാണ് കണ്ടെത്തണം ർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടു ഇങ്ങനെ സ്വന്തം മിസ്റ്റാതെ നടക്കുന്ന ആള് ഇങ്ങനെയുള്ളൂ എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കുക ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അന്നേരം ഇല്ല സ്വന്തം വിഷയമായി കിടക്കുന്ന മലയാളം ഇങ്ങനെയുള്ളൂന്ന് പറഞ്ഞു ولذلك قال ابن عباس رضي الله عنهما يقول ما من احدن الا يؤخذ من ويؤخذ من علمه ولا يترك الا رسول الله صلى الله عليه وسلم ايه들아 അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് കൊളിച്ചെടുക്കപ്പെടാവുന്നതുകൊണ്ട് തള്ളിക്കളയപ്പെടേണ്ടതും ഉണ്ട് പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عليه നബി എന്ന് പറഞ്ഞ അവിടെ അങ്ങനെ അടിയൊന്നും ഉണ്ടാവില്ല തള്ളിക്കളയണത കൊള്ളപ്പെടണതൊന്നും എല്ലാവർക്കുംണ്ടാവാം തങ്ങൾ ഒക്കെ റിയുന്നു എല്ലാ യുവതും മിന്നൽമി ഈ വൈ തുറക്കും ഇല്ലാണ്ട് ഓറ് പറഞ്ഞ ദേശം പുതുങ്ങണം അതിനായിരിക്കും എത്രയാണെന്ന് പറഞ്ഞിവിടെ എത്രയാണെന്ന് പറഞ്ഞ ഇല്ലാമെന്ന് മുർത്തം എന്താവുന്നൊക്കെ പറയുന്നു അതിനെന്തോ ഇന്നട മുത്ത് എന്താ സംശയിച്ചിട്ട് ഞങ്ങൾ ഊണ് വെക്കൂല്ലാണ്ട് സയൻസിലും ഞാൻ ഈ വിഷയത്തിൽ എപ്പോഴുള്ള കത്തുകാന്ന് അയാളെ കത്തകാക്കി എന്തെങ്കിലും എവിടെയും കണ്ടിട്ടില്ല എന്നാലിന്റെ മുഴുവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകാന്ന് പറഞ്ഞാൽ മുഖത്തം ഉണ്ടാവുന്നു നിങ്ങൾ ഇങ്ങനെ ില്ലേ അങ്ങനെ പുറത്തു പോയാൽ ഉണ്ടാവില്ലേ വക്കതു കാല താൻ മീൻപിന് വക്കാല കാല ഉപയുബിന് അസുൽാഹിബിൻ അംബാസർ വാഹന പറ്റി പറയുന്നു അവർ പറയുന്നു ദൈതപിന്റെ സാഹിത്യ വക്കൽ നിന്ന് ചിട്ടി പഠിച്ചു ഒബജിബിന്റെ സാഹിത്യ മക്കൽ നിന്ന് എന്താക്കും കിലാസം പൊടിച്ച് പിന്നെ ഓ രണ്ടാണോ ഖിലാഫിലാണ് ആരുള്ളത് ഹിബിൻ അംബാസുള്ളത് രണ്ടിലും ജമിയാൻ അയിട്ട് തേജ് കെട്ടിച്ച് അടിഞ്ഞുടക്കണമെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം ഫസോൻമുൽസാനിന്റെ ഖിലാഫില് കേസിനാന്ന് പറഞ്ഞു തന്നില്ലേ ൊട്ട് വന്നൊന്ന് കബിൽ നമ്മൾ അനം വാങ്ങണ്ടാക്കും തലയിലും കണ്ണിലും കൊണ്ട് വെച്ചോളും ഡവിടെ വെക്കും അത് തള്ളൂര മുത്തി മണത്തിൻ്റെ അവിടെയാക്കും മെങ്ങിനെ വെക്കും തൊട്ട് വന്നത് മനഃഭുഖം എന്നു മനത്തുറക്കും അതിന്റെ എടുത്ത് നീയുണ്ട് തള്ളി നീയുണ്ട് അതുകൊണ്ട് സഹാബത്തിനെ തള്ളി ഉടക്കം അതിൽ കൊറക്കും എന്നല്ല അതിന്റെ അർത്ഥം അത് വേറെ വിഷയം ഒമാജാഹനാനി സ്ഥാപി താബീയങ്ങളെ തൊട്ട് വേണ്ടതും വന്നെങ്കിലോ ഓരോ പവാരം മനഹന വിചാരം ഓറ് രജിലാണ് ഞമ്മളും ബജലിയണം ഓറും രജിലാണ് ഞമ്മളും ഗജിലാണ് ിൽ പവിലുണ്ട് കാരണം ഈ മുഷാഹദിൻ തങ്ങളുടെ അഹമാലി മുഴുവൻ നേരെ കണ്ണോണ്ട് കണ്ടവരാണ് എന്റെ തപ്പിലാട്ടുണ്ടെന്തായാലും അതായത് കുറച്ചുകൊണ്ടെന്ന് ചെയ്യൂലാക്ക് കൊലോബിൻ അതുപോലെ അവരുടെ കൺവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ ചില കാര്യങ്ങളോട് അതുറക്കത്തിൽ കറായിനി അത് കറായിനുകളുമായി ശ്രദ്ധിക്കുന്നത് അത് കണ്ടുകൾ തന്നെ ഇല്ല ആ കാര്യങ്ങൾ അവരെ സ്വബിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇബാറത്തി അതോ ദിവാത്തിനും ഇബാറത്തനും കടക്കുകയും ചെയ്യൂലേ കറായിഹാൻ ഏത് സന്ദർഭത്തിലാണ് എങ്ങനെയാണ് ഈ പറഞ്ഞത് എന്നുള്ളത് എഴുതി കണ്ടാൻ കഴിയും എന്താ കാര്യമാണ് അങ്ങനെ ചില കാണാം അത് ഏത് സന്ദർഭത്തിലാണ് അപ്പറഞ്ഞ് ഏത് സന്ദർഭത്തിൽ എഴുത്തിലെന്താക്കാൻ കഴിയില്ല സാഹചര്യ തെളിവുകൾ വേറെ നടക്കാൻ കഴിയില്ലല്ലോ ഇത് ഫാദാനയും മിന്നൂറുന്ന മുമ്പത്തി മഹരീസും പിന്നി അനിൽ ഹത്തീ മാത്രമല്ല അവരെ മേലിൽ നൂറും മുഖത്തിൽ നിന്ന് ചൊരിക്കപ്പെട്ടിട്ടുണ്ട് അക്കിസരിലും ഹത്തുണ്ടാവുന്ന തൊട്ട് താക്കപ്പെട്ടിട്ടുണ്ട് കാക്കാവുന്ന കാര്യം എന്താക്കി അവർക്ക് അള്ളാഹു തല ചൊരിഞ്ഞു കൊടുത്തിട്ടുമുണ്ട് സാഹചര്യം ഒന്നും അറിയാതെ കണ്ടപ്പുറം അ മാത്രം നേരത്തേക്കാണ് ഏത് സന്ദർഭത്തിനാണ് ഈ പറഞ്ഞൊന്നും മനസ്സിലാക്കാതെ കണ്ടു കഴിഞ്ഞാൽ മുതല കാര്യങ്ങൾ കൊണ്ടുപോയാ पर कथा तथा वम واذا كان الحديث ما ذو المسمو من الغير تقليدن غير مرضين فليت ما الكتب تصاني في حبذو 그러니까 ரைரண்ட മക്കൽ നിന്ന് തഖ്ലീദായിട്ട് കേക്കപ്പെട്ടത് ആ മസ്മൂണ്ടല്ലോ ആ മസ്മൂണ്ടിന്റെ മേד മാത്രം എതിമാദ് ചെയ്യил എന്നുള്ളത് ரைറ മർളി ആയി കഴിഞ്ഞാൽ കേട്ടത് മാത്രാഹചര്യം കണ്ട സാഹചര്യ ഓരോത്തലുണ്ടായാലേ ആ വൈദാക്കാനുള്ള ഏറ്റി മാധുവിന്റെ ഖബർ ഏതാണ് വൈറമറിയും തക്കലീരൻ എന്നുള്ള ഹാലിപ്പ വൈതാക്കാനുള്ള ഏറ്റിം മാധു അനൽ മസുബ് ഈ മേൽ വൈരി വൈരന്റെ വക്കൽ നിന്ന് കേട്ടതിന്റെ മേൽ മാത്രം ഏറ്റുമാധു ചെയ്യലായാലേ എങ്ങനെ കേട്ടത് തക്ലീരൻ എന്നല്ലേ അത് വൈറമറിയായാൽ പേത്തി മാധു അരൽക്കുത്തബ് വ്യക്തസാനി അബാധു കുത്തുബ് തസാന അടുത്ത ഘട്ടമാണ് ഈ സാഹചര്യവും ചുറ്റുപാടും സന്ദർഭങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ഒരാളാണ് ഇതിന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റിപ്പോർട്ടിൽ എന്താ വന്നിട്ടില്ല കണ്ട സാഹചര്യം എന്നത് എഴുതി ജിമാറ്റി പറഞ്ഞില്ല അത് ഇതാക്കിയിൽ കൂടി അല്ലേ ഇത് എഴുതി ഇവിടെത്തന്നെ വെറുപറഞ്ഞ അടുത്ത സ്റ്റേജിൽ അത് എഴുതിയത് വായിക്കില്ല എഴുതി വായിക്കൽ അതിനകത്താണ് ണ്ടാവില്ല കേട്ട പറയുമ്പോ ഓറപ്പൊക്കം ഉണ്ടാവുന്ന മുഖഭാവങ്ങളും മറ്റും ചിലപ്പോ ചിങ്കാറായിരിക്കും ചില കാര്യം കേട്ട അമൃണ്ടായിരുന്നു അന്ന് നമ്മക്കല്ലമ്മ ഇന്ന് അങ്ങനെയാക്ക അങ്ങനെയാവാം ഇതങ്ങനെന്തിനട്ടെ നമ്മടെ മറച്ചു ചിന്തിച്ചിട്ട് രസം കിട്ടില്ല നോക്കുമ്പോ മുഖം തിരിയും പാന്ന് സാഹചര്യം തിരിയും മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന് നിഷേധാത്മകമായിട്ട് പറഞ്ഞ വാക്കം എല്ലാം ക്ലാസ് ടീച്ചറൊക്കെ ഉറങ്ങി അദ്ദേഹം കയറിപാട് പറയുന്ന ഇന്ന് പാടങ്ങളൊന്നും വേണ്ട എല്ലാവരും ഉറങ്ങിക്കോളി ഈ സാഹചര്യത്തിൽ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല ഈ നിപത്രം അത് ഡിപ്പോർട്ടിൽ നോക്കി ഇന്ന ദിവസ പാടമൊന്നും വേണ്ട ഉറങ്ങിക്കുന്നു ഒരാൾക്ക് ഉറങ്ങിയിരിക്കുന്നു അതൊക്കെ എന്ത് അതെങ്കിൽ അന്ന് പാഠം ലീവാക്കിട്ട് ഉറങ്ങുക അത് പാടുണ്ട അദ്ദേഹത്തിന് ചർച്ച ശരിക്ക ഉറങ്ങിയവരോടുള്ള ഇങ്കാറാണ് ഇവിടെ പ്രകടിപ്പിച്ചത് ബദൽ കുത്തുബ് വസ്താനീഫ് മൊഹദൻ ഇന്ന് മാത്രമല്ല തസാനീഫുകളും കുത്തുബുകളും മൊഹദസത്താണ് ലമ്യക്കു ശൈവം ഇല്ലാത്തി രമനി സഹാബത്വന റമിയാഹുവിലിന്റെ കാലത്തോ താതകളെ തുടക്കത്തിലുണ്ടായിട്ടില്ല തസാനീഫുകളൊന്നും ഉണ്ടാക്കില്ല വൈനമ്മും ബാഗസ്ഥാനത്തും ഹിജുറ ഹിജുറ നൂറ്റി ഇരുപത്തിന് ശേഷമാണ് തസാനിപ്പിന് ആരംഭിച്ചതെന്ന് ഒബാദ വഫാദ് ജമീസാബത്ത് ജുംലത്ത് ഇസാബി സഹാബത്ത് മുഴുവൻ വഫാത്തായി കേട്ടിരുന്നു എപ്പോ സഹാബത്തിന് കാലത്തെയ്തല്ല ഒരു തസ്തിബിനാബാസാണ് ഇബിനംബാസ് അങ്ങൾ പറഞ്ഞുകൊടുത്ത് ഏതാനും തസ്തീലുകൾ മസുമുമായി വന്നത് പിന്നീട് റിക്കാർഡാക്കിയത് എന്നാലും ഓര് തഫ്തീർ ഇബിനാമ്പാസ് ഒന്ന് കിട്ടാറുണ്ട് സാധനങ്ങളെ ചതിറിൽ ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ചു സ്ഥാപനങ്ങൾ കഴിഞ്ഞു പോയി സ്ഥാപനങ്ങൾ എല്ലാവരും കഴിഞ്ഞിട്ടില്ല മൊബൈല വഫാത്ത് സഹീദ്ബിൻ മുസ്തീബി ഹസാൻ ഹയർ താബിൻ വഫാത്തായതിനു ശേഷം തസ്സീഫാത്തിൽ തുടങ്ങുന്നത് ചില അവനികളായിരുന്നു പോലും ഹദീസുകൾ എഴുതിവെക്കേണ്ട തസനീഫുകൾ ഉണ്ടാക്കിയും വേണ്ടതിന് എന്നാ പിന്നെ ജനങ്ങൾ കാണാപ്പാടാക്കൊരു മനസ്സിന് പടിയില്ലാണ്ടായി പോകുന്നവർ പറയുന്നു വർഷം എടുത്ത് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ എന്താ പിന്നെ മനസ്സിന് പണിയുണ്ട് എല്ലാം കള്ളാത്തിലുണ്ട് ഇവന്റെ മനസ്സ് കുറഞ്ഞ ശൂന്യം എല്ലാം കള്ളാത്തിലുണ്ടല്ലോ ദർശിക്കാസെറ്റും ഒന്നില്ലേ പിന്നെ ഇവിടെ എന്താന്ന് ഇങ്ങോട്ടാണ് സമീൻ ഉടങ്ങി നോക്കിയപ്പോ ആസെറ്റിനോടൊക്കുന്നു അതുകൊണ്ട് ഹെഫ്ബിനെ തൊട്ടിട്ട് ആള് ചൂലായിക്കണയും അതുകൊണ്ട് അസാനിക്ക് ഉണ്ടാക്കിയ വേണ്ടെന്ന് പറയുന്ന ആളാണ് അതുപോലെ വാനൽ ഖുർഹാൻ ഖുർഹാനെ തൊട്ട് ചൂലാക്കി പിന്നെ വാണി തതമ്പുറിതക്കൊന്നും എത്തും അവർ പറയലെന്ന ഏതൊന്നും വേണ്ട വക്കാതെ ഇപ്പൊ നമുക്ക് മാക്കുന്ന സ്വതവും നമ്മൾ കാണാപ്പുഴ ആക്കുന്നില്ല അതുപോലെ ഇനി കാണാപ്പാടാക്കി മനസ്സിൽ സുഖിക്കും അതൊരിക്കലും മനസ്സാണെ ഉവരാന്ന് പറയുന്നില്ലേ കള്ളാത്തിന് പത്തിന് ഇടിക്കലിന്റെ മോളോ ഇടയ്ക്കേമിലൊരു വക്കരില്ലേ രണ്ടായി വെറുതെ കഴിഞ്ഞോ എന്റെ വായുമെന്ന് മൊളിഞ്ഞ മൊഴി കുറച്ച് വച്ചാൽ ഞാൻ മുത്താലിമ പോറ് ഞാൻ മസാല അന്നേരം വിടാണ്ട് മുഴുവൊന്നും കളയാതെ വിളയാതെ അടുത്തേറ്റ് അമ്മ എഴുതി ബസ് ഇല്ലയോറ് സേറ്റ് ഹൗസിലെ ടിക്കറ്റ് ഉണ്ടായിന് നല്ല വെള്ളക്കെള്ളാസ് ഉണ്ടാവും മറുപടി മനസ്സിനെന്താണ് ഇപ്പ ولذلك كانه ابو بكر وجماعه من الصحابه رضي الله عنه وعنهم تصحيف القران في مصحفنا امر هذا قالت ابن قدكه عمر بن الخطاب قال ربنده प्रकारे মানে যেটা শুনতো যখন ആയിക്കോട്ടെ잖아요 അതനേട് പറഞ്ഞുകൊടുത്താണല്ലോ അഞുരിഞ്ഞത് ഒരു മുതഹിഫൻ ആയി കൊണ്ട ഖുർആനെ തസ്ഹീഫാക്കല പോലെ ഒരു വിടുണ്ട് وقال كيف نفعل شيئا ما فعله رسول الله صلى الله عليه وسلم തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യൂന്നു ചോദിക്കാം അപ്പൊ എന്താവുന്നറിയോ മുസാഫിന്റെ മോള് മാത്രം ഞെച്ചു മാതെ അപ്പൊ കേട്ടിട്ട് സമാഹന്ന സമാഹായിച്ച് കേൾക്കുന്ന ആ ലഫിന്റെ രവായത്തിന്റെ അതങ്ങ് വിട്ടു കണ്ട വായിക്കുന്നതായി അപ്പൊ കണ്ട ആ കെഴുതിയൊക്കെ തെക്കെന്നൊക്കെ വായിക്കുന്ന ഇന്നത്തെ മോഡലിരിക്കുമ്പോഴത്തെ പരിപാടി റസാദിനകത്ത് കേൾക്കുകയാണ് പ്രവൃത്തി കേൾക്കുക ഇവിടെ ഇന്നതാ വേണ്ടത് വിളിച്ചോന്നും ഉണ്ടാവില്ല കണ്ട വായിക്കുന്ന പരിപാടി ഉണ്ടല്ലോക്കാ പറഞ്ഞേ കണ്ട പോലെ എല്ലാം നിന്റെ വാടാടോ ഉരുത പോലെ ഓരോ ഔതാക്കാനോ ഒഴുക്കുന്നു പറഞ്ഞേ അവിടെന്താ വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ എടുത്ത് പറ്റപ്പെട്ടില്ല ഏതൊന്നും കഫലത്താലാണെങ്കിൽ കുഞ്ഞ് വിശരത ഹീലിക്കാന്ന് പക്ഷേ അത് കണ്ണിപ്പോട്ടു പോയി കണ്ടവാളന്നെ ചിത്രിക്കും അങ്ങനെ ചുരുക്കി അങ്ങനത്തെ കഴിച്ചുകൊണ്ടിരുന്നില്ല ഷർഹി ലതയിക്കാന്ന് ആർക്കും പറഞ്ഞിട്ടില്ല ആരും പറയുകയില്ല അവിടെന്തായി കണ്ട മാത്രം വായിക്കുന്ന ആളായി നബീ സല്ലാംബീവസ്ഥന്റെ മതക്കൾ ചെറുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഷെറു കൊണ്ടുണ്ട് അവസ്തു ആക്കലില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല അവനോട് നല്ല മതി ഷർജിഹി ലയിക്കാൻ ഇപ്പോഴും എന്താകുമ്പോൾ ആമിൻ സോഫി വാക്കലും എത്ര ഉണ്ടായത് നോപ്പുറം എന്തൊക്കെ എന്നിട്ടാ പകർത്തിയത് ആരാണ് ഷെയ്ഫുൽ ഖാമിനായ മഹാഫിക്കായ അബ്ദുൽ ഇസ്താവിന്റെ നോട്ട് ബുക്കിന് പകർത്തിയതാകുന്ന അടിയത് അന്റെ ഓട്ടിന് അങ്ങനത്തെ പകർത്തിട്ടല്ല അങ്ങനത്തെ ഓട്ടുവുക്കില്ലേക്ക് അങ്ങനെ നോട്ട് ബുക്കില്ല എല്ലാം മനസ്സിലാക്കി അപ്പൊ സിറ ചർദ എന്താ വേണ്ടെന്നുള്ള വിവേചനം ഇല്ലാതല്ലേ ഈച്ചക്കാത്തിപ്പന്റെ പരിപാടി ഇത് എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അവിടെ അബ്ദുലം പറവ പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് കാര്യം ഒരു അബ്ദുലം പറവില്ല അവിടെ ക്ലാസ് വർ പറയുന്നു ഖുർആൻ ഉണ്ടാക്കട്ടെ ഒരാളെ നാവം വന്ന് മറ്റൊരാൾ നാവിലേക്ക് ഇങ്ങനെ തലക്കയാവട്ടെ തൽക്കയിലും ഇക്റാവിൽ കൂടി ഓതി ചൊല്ലിപ്പെടുത്തിക്കുന്നു നല്ലാണ്ട് നോക്കി വഹിക്കാനെല്ലാം ഈ അക്കൂന ചുവതുഹം അതാ പറഞ്ഞുമാറട്ടെ ഒരാൾ ഓതിക്കൊടുക്കലും വേറൊരാൾ ഓദി കേൾക്കരുമാകട്ടെ മുസൈപ്പെടുത്തോ എന്നാ പറഞ്ഞത് ഇതായിരുന്നു ഖുർആാൻ എഴുതുന്ന കാലം വരെയും فكان انا حتى اشار عمر رضي الله عنه وبقيه الصحابه بتدبر القران خوف من, من تقابل الناس وتكاسلهم وحذر من ان يكن نظام فلا يوجد اثر يرجع اليه في كلمه ان والدعى عمر رضي الله عنه اشارت اكيد بقيه الصحابه يعني قران ائدنا او كتب لنا كتب ائدنا عندنا ജനങ്ങൾ തഹാദൂലാകും ഇനപുജമടി ആട്ടിലും ഓതരും വേറൊരു പോലും കേസിലുണ്ടാകും കാലക്രമത്തിൽ എന്താക്കും ഓതരും ഓദി കൊടുക്കലും കേൾക്കാൻ പോക്കും അങ്ങനെ ഇല്ലാണ്ടാവും പിന്നെ അവർ മടിയന്മാറായി പിന്നീട് എന്താക്കും ഒരു കരിമത്ത് വന്നാൽ ഈ കരിമത്ത് എങ്ങെന്താ ഇവിടെ പണ്ടുണ്ടായി എന്ന് പരിചയം കൊടുക്കട്ടെ ഇപ്പൊ ഞാൻ വേറെ റാത്തിന്റെ കരിമാത്തും ബൈസിന്റെ കഴിമാത്തിന്റെ അസിലെന്താന്ന് വെച്ചാൽ അവര് കൊടുക്കില്ലല്ല മുനാശിബിന് ചെല്ലുന്നതാണില്ലേ ും പറ്റാ അത് നിങ്ങൾക്ക് മുനിച്ചത് അതൊക്കെ ശേഷം പറമ്പരം കേട്ടങ്ങൾക്ക് മനാസിബ് അതിനോട് തന്നെ മകര മധ്യായത് മകറുമ്പൊന്നും കടമെന്നല്ലേ പിന്നെ ഒരു തർക്കം വരും പല ആയോച ദൂർജ് ഹീക്കറി അവർക്ക് റാത്തിന്റെ മുത്തച്ഛാ ബിഹാസ് و تشابهات البرتأذن يلوم يكي رات ينجل يانا وضعن دعا وقف فورم آئذنو يلوم يلوم يكلمتين قرشتت وذي اسكال ومميناد أصل اللي أنت أي فوقم ينوالتو مادر باب وبيعات تلتقنو إذا برنى فالفال يلسارة صدر أبيبك ريضاني الله عن ذلك هذا يلقى نوبر من سؤاله فجمع القرآن في مسحفين واحد لايك ونرمي تشبت يرام وكانا حمد بن حمد رضي الله أن يمكن على مالك في تطنيفه المواطة ഇമാ മാലിക്ക് തങ്ങൾ മുബത്ത ഉണ്ടാക്കിയ കാരണത്താൽ അഹമ്മദ് ബിൻ അഹംബൻ ഇൻഗാറാക്കിയിരുന്നു വയപ്പോലും ചെയ്തിട്ടില്ലാത്ത ഒന്നിനും പുതുതായി ഉണ്ടാക്കുകയാണോ വക്കീൽ ഔതാബി സന്നിഫിൻ ഇസ്ലാമിക് കിതാബ് ഇബിൻ കിൽ ആസാർഫി തഫാസിൽ മുജാഹിദ് ആദ്യത്തെ ഫേദായിരുന്നു ഇബിനുറൈദങ്ങളുടെ കിതബ് ആസാറിന്റെ വിഷയത്തിൽ അതുപോലെ മുജാഹിദ് എന്നവരോ തൊട്ടും അസാദ് അസഹാബിന്റെ അവർ തൊട്ടുള്ള തഫസീല ഏതാണ് ഹുറൂപ്പുകളും കാമില തഫ്സീർ ആയില്ലതും അവർക്ക് ഇന്ന ഇന്ന് ആഴ്ചകളും ഇന്ന അഭിപ്രായം ഉണ്ടെന്നില്ല ആ തഫസീർ സുമ്മ കിതാബ് മയമറബിന് അടുത്ത കിതാബ് അതിലെന്താ ഉള്ളത് സുനൻ മൺസൂറത്തൻ നബവീയായ കുറെ ഹദീസുകളാണ് സുമ കിതാബുൽ മുവത്തബിൽ മദീന പിന്നേയാണ് മുവത്ത മദീനയിലേക്ക് മാലിക് ബിൻ അനസ് റസൂലുള്ളാഹി ഇമാമുൽ ആലമീനി ഉണ്ടായിരുന്നത് മുത്തബിന്ന ചിത്ര ഇത് കണ്ടോ സുമ ജാമിഉ സഫിയാന സൗരിയുടെ അങ്ങനെയുള്ള ജാമിഅന്നർത്ഥ കിതാബ് സുമ ഫിൽ കർനിൽ റാബിൻ ഹദസതു മുസന്നഫാത്തുൽ കലാം വകത്രൽ ഖൗലു ഫിൽ ജിദാലി വൽ ഖൗസൂ ഫീ ബിത്തൽ മഖാലാ 400 ആണ്ടെ വന്നപ്പോഴാണ് ഇൽമുൽ കലാമിന്റെ തസ്നിഫാത്തുൽ പുതുതായി അതുവനെ ജിദാരിനും മറ്റുള്ള ആളുകൾ പറഞ്ഞ വാക്കുകൾ ഇർത്താണ്ടാക്കുന്ന വിഷയത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നീടുണ്ടായി തുമ്മ മാലണ്ണാസു ഇലഹി വലിയ കസസി വൻ വാദി ബിഹ പിന്നെ അതിലേക്ക് ചാഞ്ഞ് അത് കണ്ടുകൊണ്ട് വാദു പറയിലും കഥ പറയിലുമായി സഹ ഇൽമൽ ഇന്ദിരാമൻ ആ കാലഘട്ടം മുതലേ ഇൽമുൽ ജക്കീനെ ഇൽമുണ്ടല്ലോ അതൊരു ഭാഗത്ത് തേഞ്ഞ് മാന് തേഞ്ഞു പോയി പോയി പോയി പോയി തീരയേ ഇല്ലാത്ത അവസ്ഥയിലെത്തി അതുകൊണ്ടാണ് മൂന്നുകൂടി സിഹന്മാരെ ജനിച്ചിട്ടില്ല എന്ന് വരേണ്ട വഴിയോടും ബന്ധമായ ഒരു മകൾ വളരെ അരീവാപ്പെട്ടുപോയി പറഞ്ഞ അത് ദിരിയും ചെയ്യൂലമൊന്നില്ല എന്നും പറയാൻ തുടങ്ങി ഒന്നുമില്ല വഫ്തീസാണ് സിഫാത്തിന്റെ അസിനെ തൊട്ടുള്ള തഫ്തീസും അങ്ങനെ തന്നെ മക്കായി വി സിഫോനെക്കുറിച്ചുള്ള ചർച്ചകളും അതുമാ പോയി വാറാലിക്ക ഇല്ലല്ല കല്ലോൻ എല്ലാവരും അതിനൊക്കെ അവഗണിച്ച് ആ കല്ലിയങ്ങൾ മാത്രം ബാക്കിയേണ്ടത് فطارى يسمل مجاديل المتكلم عالمن ينداغي جدالم تكلموا لك عالمن வேறி والقاطع المزخرف كلامه بالعبارات المسجحه عالمن കണ്ടോ കേക്കന്നല്ല ചൊറുക്കുള്ള കണ്ടะ terjh picha prasa oppicha kalam kond kalamine avadithikan cheyinaak عالمن வேறি ആരും പറയുന്നതിനെ ഇതിന്റെ ഭാഗം നോടുവനെ ഇതിന്റെ പ്രസന്തതിനെ നോവുന്നാണ് എല്ലാ كلمه ആ ആ ആന്നേക്കും പിന്നെ ബാ ബാ ബാ വന്നേക്കുന്നു അങ്ങനെ പ്രവർത്തിപ്പിക്കണം സത്യം ഊർക്കു അരിമൂന്ന് പേരായി മഹാക എന്താകണം അവരുടെ കേൾക്കുന്ന ആളാരാണ് അളാമുന്നം ഓർക്ക് പുതിയ ആരും പറയാതെ കേൾക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടാ فكانت الآية ميز لهم حقيقة العلم من غيره علم من حقيقة عنده എന്തല്ല നീ കേക്കുന്ന ആളുകൾ അറിയാവോ ولم تكن سيرة الصحابة رضي الله عنهم وعودهم لاحرة عندهم صحابہന്റെ <تصفيق> ജീവിതചരിതയും അവരുടെ അവസ്ഥകളും അവരുടെ ഉലൂമുകളും പൊതുജനത്തിന്റെ മുമ്പിൽ ലാഹിറല്ലേ അല്ലേ എന്നെങ്കിലല്ലേ ഈ ബാഡോറാങ്ങ് കയറി ഇവറും പഴയ കാത്ത് സഹാപത്തിന്റെ ജീവിതം തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ഒത്തുനോക്കം നീള്ളൂ ഇവരെ കൺബന്മിക്കാത്ത ഇത് മാത്ര സഹാപത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടും കൂടി സാരംഭം ചെയ്യുമ്പോഴല്ല ഇത് അത് വളരെ വ്യത്യാസമുണ്ടോ ഇല്ലയോ ഏതിനാ മുൻഗണന എന്ന് കിട്ടരുത് അവനോട് സഹാപത്തിനെ പിന്നെ ഓണം പഠിപ്പിക്കണമെന്ന് പറയുന്നു سبحان الله الحمد <سؤال> لله بلا إله <سؤال> إلا الله الله تلت أبليه الحمد لله الذي يطاونا وقاونا وزحنا نعمل المسلمين تبليه مخدوقنا كانت شادنا عبالي وقت مدشة تبليه أغنى ذلك لنقل بوك فاستمر عليهم اسم اللو لماغ أغنى نباشي اللو لماغ من البير اللا ركورتوا إيكارا ورنى كورتوا وعلى كوابتنوا തലമുറയെ തൊട്ട് ശേഷക്കാട് എന്താക്കി ആ ലക്കബ് അങ്ങനെ കൈമാറി കൈമാറി അനന്തരം മാതിരി കൊടുത്തത് ഓലർക്കാം അങ്ങനെ വന്ന് ഒരു ഭാഗത്ത് ചെറുത്തിക്കൂട്ടപ്പെട്ടു പോയി അങ്ങനെ സാധനയില്ലാണ്ടായി ശരിയായ ഇൽമിന്റെയും ഈ കലാബിന്റെയും ഇടയിലുള്ള പുറത്തെന്താതില്ല പല ദേശം ഇൽമാനസിലാക്കിയിട്ടുണ്ടായിരുന്നു പറയാൻ ഉണ്ടെല്ലാം പറയാൻ മുരു ചേർത്തല ഫാസ്റ്റ് ഫുഡ് നടക്കെ ദൂരെ തന്നെ മണക്കാൻ ഇറങ്ങൂലേ കത്ത തക്കാളിന്റെ അടിച്ചങ്ങോട്ട് കൂട്ടന്റെ കത്ത് ഒരു കൂട്ടി കൂട്ടി രണ്ട് സോസെല്ലാം ഇടക്കി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അപ്പത്തൊന്നുണ്ടാവും ബാർന്ന് കുറച്ച് മുഴുവൻ വരുന്നു തന്നെ വണ്ടിയുടെ നിർത്തുമെന്നാണ് വേസ്റ്റ് നൽകിയിട്ടുള്ളത് മുഴുവൻ തിങ്ക അടിച്ചിട്ട് വന്നാളാന്ന് அரங்கொன்று இல்லா अनिल ஹவாஸ் மின்ஹும் அவர் ஹவாஸ் ந ஒயே காரூ இல்ல இல அகீல லஹும் புலானுன் ஆலமு அம்லா ஏ ওরോ ஜோிக்க படே இன் ஆல ஹலமனோ இல்லோனு ወசோದ್ಯம் யகூலுன புலானுன் அக்தருல் இல்மன் வபுலானு அக்தரு கராமன் എന്നു രണ്ട് പുലാനുണ്ട് ഒരു ഫുലാന് ഇൽമാ ലഖത്തലാണ് മറ്റേ ഫുലാൻ കലാമാലക്കത്തലാണെന്ന് പറഞ്ഞുതരും അങ്ങനെ വേർതിരിച്ച് തിരിയുന്ന ആള് വളരെ കുറവാണ് ഈ ഹവാസിനെ തിരിയും ഒന്നി കൊച്ചു കലാമതിക്ക്ണ്ട് ഇന്ന് കുറവാന്ന് ഇന്നാക്കി ഇൽമതി കലാമ കുറവാന്നുള്ളത് മറ്റേ തൊള്ളതിൽക്കുന്ന ആളെല്ലാം വരക്കാനിങ്ങേക്കപ്പെട്ട ഒന്നിഹട്ടി തൊന്നുകൂടാന്ന് ഞമ്മെല്ലാം കൂടി എന്താക്കി ഞാനൊരു സാധി എല്ലാം കൂടെ ചാറ്റയും പിടിശോധിക്കുന്നു ആറ്റിക്കൻ എന്താന്ന് പറഞ്ഞിട്ട് നിർച്ചാക്കണ്ട മസാല പല്ലല്ലോ ആ അപ്പൊക്ക് വയല മൂലാക്കിയോടെ ഇപ്പൊ പറഞ്ഞൊരു കുട്ടനെടുക്കുന്ന എന്തിനാടോ കുമ്മ്മാൻ അല്ലേ അവരവർക്കും മക്കൾക്കും കൊടുക്കാട്ട കുന്ന മസാല എല്ലാം വേറെ നമ്മക്കെന്ന് പറഞ്ഞോളൂ ഇങ്ങനെ വയൽ പറയാൻ വന്ന മൂലാക്കി പറഞ്ഞു കുട്ടനെടുത്ത് കുന്നാലല്ലേ സ്വന്തം കുന്നണ്ട വളക്കൊടുക്കല് അത് ബാലന ഉന്നാസായി ആ ഓർക്കാണ് പണ്ടിത്യെന്ന പറയും കാനൽ ഹവാസ് എതിരിക്കൂണൽ ഫർക്ക ബൈരൽ കുതിരത്തിയാൽ കേട്ടാ ഖവാസുന്നാസി ആളുകൾക്ക് എന്താകും ഇൽമെന്താണ് സംസാരിക്കാനുള്ള കുതിരത്ത് എന്താന്ന് ആ രണ്ടും കണ്ട് ഇൽമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റും ഇവുണ്ടായിക്കൊള്ളുന്നില്ല സംസാരിക്കാൻ കഴിഞ്ഞിട്ട് ഇൽമിനു ആകാത്തത് എന്ന് നമുക്ക് വരില്ല ഉണ്ടായി അങ്ങനെ മുങ്കഴിഞ്ഞ കാലഘട്ടം മുതലേ ദീനന് മുഴക്ക് വാദിച്ചിരിക്കുന്നു നീന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തിനെപ്പറ്റി നീ എന്ത് പറയുന്നു തുടങ്ങി ഏത് കാലം ആയിരം കൊല്ലം മുമ്പായി പറയും എനിക്കത് ഉണ്ടാവരേണ്ടെന്ന് പറഞ്ഞു ഇപ്പന്തറിയോ ഇൻകാര പ്രകടമാക്കുന്ന ഒരാളെന്ന് പറഞ്ഞ കാര്യടത്തേക്കെത്തി വക്കറിന്തഹൽ നമ്രു കാര്യെത്തി ഇല അന്നിൻക ഇങ്കാരനെ പ്രകടമാക്കുന്ന ഒരാൾ ഇസ്തഹദഫു ലിസ്ബത്തിൽ ഓനിക്ക് ഭ്രാന്ത എന്ന് പറയുന്ന ചുറ്റുപാടിലേക്ക് എത്തിയിരിക്കുന്നു ആരെങ്കിലും ഇത് ശരിയല്ല ഇങ്ങനെയല്ല വേണ്ടെന്ന് പറഞ്ഞാൽ ഓനിക്ക് ഭ്രാന്താണ് എന്നുള്ളതിന്റെ ഏറെ കൊള്ളേണ്ടി വരുന്ന ചുറ്റുപാടിലെത്തി എന്ന് പറഞ്ഞാൽ അമ്പയ്യമ്പടി ഒരു പല കലാണ് അപ്പൊ ഇസ്തഹ ഹുദഫു ലിരിസ്പത്തി ഇരൽ ജുനൂൺ മറ്റുള്ള ആൾക്കെല്ലാം ഭ്രാന്തനാണെന്ന് പറയാനുള്ള ഒരു വേദിയായി മാറിയാല് ഇങ്കാറൊക്കെ ഇന്നൊരിക്കും അവിടെ നല്ല പണി പറഞ്ഞേക്കാണ് അപ്പല്ല അവർ അനുസകര നിസാന പിന്തി അസ്കുത്ത് സ്വന്തം കാര്യം നോക്കി നേരിയായിക്കൂടാ മുണ്ടാണ്ടോ അല്ലെങ്കിൽ പിന്നാലെന്ന് വിളിച്ചു കേട്ടോ ഓയിക്കൊണ്ടേ വരാൻ തന്നോ എന്താ കാലത്ത് കാണുക നോക്കി തരുതിയല്ലേ ഓഫ് അതങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ ദുരാതാണ് പറയാൻ വേണ്ടി ഞാൻ തയ്യാറായി കേൾക്കാൻ വേണ്ടി തയ്യാറായിക്കൂടാ അല്ലേ അവരവരുടെ കാര്യം നോക്കം ഉണ്ടാതിക്കൂട വന്നിന്ഹയിൽപ്പെട്ടതാണ് അന്യക്കൂല ശതീരത്തകക്കെത്തിൽ മുതുതാക്കിയുണ്ടാക്കപ്പെട്ട കുറെ മൊഹദാത്തുണ്ട് കാര്യങ്ങൾ അതിനെ തൊട്ട് കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശതീലായിരിക്കണമെന്നും അതിനൊന്നും കൊടുങ്ങേണ്ട പുതിയ പുതിയ പല പല പല അടവുകളും കാണാം അന്നേരം ചോദിക്കാൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഒന്നും ഭൂരിപശം ഉണ്ടാക്കി കേട്ട് എന്നാലും ചോദിച്ചു കൂടുക തന്നെയാണ് വനിത്തപ്പെട്ട കാലികയിൽ ജംഹൂറു ജംഹൂറും അതിനോളത്തിണ്ടെങ്കിലും അതിനകത്തോട്ട് തളക്കുക അത് സൂക്ഷിച്ചോളന്നാണ് മുലക്കമാരെണ്ണത്തിനനുസരിച്ചിട്ട് പുതിയ പുതിയ പുതിയ വരുന്നിങ്ങനെ വന്നോണ്ടൊക്കെ അതുകൊണ്ട് പലായകുറന്നഹു ഇത്തിബാഖുൽ കൽക്കി അനാമാഹത്തി വാദസഹാപത്തി റവിയന്മാറും അന്യത്തിന് ശേഷം ഹലാസാക്കപ്പെട്ട പുതിയ പുതിയ ഓരോ നടപ്പുകളുണ്ടല്ലോ അതിന്റെ മേലെ ജനങ്ങളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ട് നീ തോച്ചു പോകേണ്ട അതും നിജമാഴൊന്നും അല്ലാതെ മനസ്സിലാക്കൂടാം പണ്ടും പണ്ടേ പണ്ടും പഴയ നിജമാനേതും പറയാനില്ലല്ല ഏ മാസം കാണാൻ പോക്കുന്നുണ്ട് ഭാര്യ നോക്കാൻ പോക്കുന്നില്ല പരിധിയില്ലേ അപ്പം കൊണ്ടുപോക്കും പലതും വലുതും അത് നടപ്പുണ്ട് അതൊന്നും നീ ഇതുവാക്കായിട്ടൊന്ന് വഞ്ചിക്കപ്പെട്ടു കൊണ്ട മാനേ എന്നാണ് പറഞ്ഞത് അതിനേക്കാണ് കടുപ്പ അതിനേക്കാണ് ഗൗരവരുടെ ഓർമ്മ പറയുന്നത് വല്ല തപ്തീശൻ സഹാബത്തിവന്റെ അഹ്വാൽ എന്തായിരുന്നു അവരുടെ ജീവചരിത്രം എങ്ങനെയായിരുന്നു അവരെ അമലപ്രകാരമായിരുന്നു എന്ന് നല്ല നിലക്ക് തപ്പീസാക്കുക ആഴത്തെ തപ്പീസാക്കിയിട്ട് അതിനെ അത്യാഗ്രഹം വെച്ചിട്ട് അവരുടെ മുഖ്യ ലക്ഷ്യം എന്തിന്റെ മേരായിരുന്നു എന്ന് കണ്ടുപിടിക്കാം അക്കാനത്തി അതിരീസി വസിനീസി വൽ മുനാദറത്തി വൽ കതാകി വൽവിലായത്തിൽ വാക്കരിമാരല്യത്തെയും സ്ഥലത്തെയും മുജാമനത്തെയും തില്ലിച്ചതാ ഏ തദീസാക്കുക തസനീഫ് ഉണ്ടാക്കുക മുനാമർ ഉണ്ടാക്കുക കണ്ണുകൂട്ടുണ്ടാക്കുക പിന്നെ കവായുണ്ടാക്കുക വിലായത്ത് ഔക്കാഫിന്റെ ഉത്തരവാദിത്തങ്ങൾ വസയത്തുകൾ വലിയ സുട്ടാ മഴക്ക് പോക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുതാമൃത ബാസിനെ കേടുമാക്കി വെച്ചിട്ട് പുറത്തു മെല്ലെ മെല്ലെ നെല്ലടി ചങ്ങ പരിപാടി അല്ല അം കാന ഫുൽഫി വൽഹുദിനി വത്തപ്പക്കുരി വൻ മുതാദി ബാബു കണ്ടേ ما هو بالمجاهدت ومراكبة الله والباطن ودتنا بدقيق الاسم ودليله والحرسة لا يدلاك خفايا شهوات النفوس ومقائد سيطان لغير ذلك اننا خوفين حزن للمجاهدين تفكر للمراكبة الله ومراكبة الباطن خطاق رتن للمجاهدين اتنا دقيقات يغالون بغولون اغنو بكل جليل من الندالل مارونا അതുപോലെ നെഫ്സിന്റെ ചഹമാത്തിൽ നിന്ന് ഖസീജായ കാര്യങ്ങൾ കണ്ടുപിടിക്കൽ ചൈത്താലമക്കായുകൾ കണ്ടുപിടിക്കുക ഇത്തരം കാര്യങ്ങളായിരുന്നുവോ പൂർവ്വകാലത്തുണ്ടായിരുന്നത് മിന്നരോഗ വിഭാഗത്തിൽ ഏതാണെന്ന് നീന്ന് വിവർത്തിരിക്കും വാലം തഹകൻ അന്ന അലമീവം നിരൽഹാൻ വിസ്സഹാപതി നീ അറിയണ തഹകിക്കായിട്ട് ഏത് കാലഘട്ടത്തിനും അലമുന്നാക്കാലായിരിക്കുന്നറിയോ അതുപോലെ ഹക്കിലേക്ക് ഏറ്റവും അക്രബ് സഹാബത്ത് റവിയന്താ ഏറ്റവും സാദൃശ്യം പുലർത്തുന്നവർ ആരാണോ അവരൽ അതുപോലെ സർഫു സാന്നിധ്യങ്ങളെ തരിയക്കുകൊണ്ട് ഏറ്റവും അറിയുന്ന ആൾ ആരാണോ അവരൽ കാരണം ഹമീന്നു മുഖീൻ ഓറവക്കൽ നിന്നാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത് വലിതാലിക്ക് പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൈതാരാണെന്നറിയോ ഈ ദീനെ ഏറ്റവും വിറ്റിവാദിക്കുന്നവർ ആരാണോ അവര് അതെപ്പോഞ്ഞത് ലലഹു ഹാടസ്ഥ പുലാനൻ നിങ്ങളൊരു പുരാൻ ആയിട്ട് എഴുതിയ കണ്ടാൽ ആ പുലാനെ പോലെ ഇങ്ങാണ്ടേന്ന് അവരോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞു ചോദിച്ചു അപ്പം പറഞ്ഞ നമ്മ ദീനെ പിൻപറ്റല് പുരാന്നെ അല്ല നിങ്ങൾ പുരാന ആ പുലാനെ പിൻപറ്റിയിട്ടല്ല ഓർവായി ചെഴുതാന്നല്ലെങ്ങോ ആ പുരാൻ അല്ല നമ്മുടെ ദീനാണ് അതുകൊണ്ട് പരാജമ്പത അയ്യക്തീ മുഹാലഭത്തി അഹിലി ഈ കാലഘട്ടത്തിലുള്ള കുറെ ജനങ്ങളോടും എതിരാകേണ്ടി വരും ഇക്കാലത്തുള്ള പലരും എതിരാകേണ്ടി വരും എപ്പോ ഈ മുവാഫക്കത്തി അഹലി അസ്രി സൂണിലാണ് ഇതൊന്നും ഇന്നത്തെ കാലത്തുള്ള സഹാബത്തിനോടൊണ്ടാക്കി നമ്മ മുഫക്കത്താകുമ്പോ ഇക്കാലത്തുള്ള ഭൂരിപക്ഷത്തിനെതിരാകേണ്ടി വരും എന്ന അത് പ്രശ്നക്കേനേ പാടില്ല എന്നാണ് ആ ഭൂരിപക്ഷത്തിനകം വിട്ടേ വേണ്ട ജനങ്ങൾക്ക് അവരവർക്ക് സ്വന്തം സംഭവം അഭിപ്രായങ്ങളുണ്ട് എന്തോളം ലീമാലി സിബാഹിലെ അതിലേക്ക് ഓർക്കോ ഓറെ തടയിൽ നല്ല രുചിയുണ്ടാവും അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ റോഗ്യം പറയാനുണ്ടാവും അതിനുടുന്നെല്ലോ ഗൂഢ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വന്തത്താക്കി വെക്കാൻ വരും വലം തത്മഹനുപ്പോ തൊമ്പിൽ ഏറ്ററാസി അന്നദാലിച്ച് ഹെറുമാണി മിനൽ ജന്ന സ്വർഗം കിട്ടുന്ന തൊട്ട് തടയാനുള്ളൊരു കാരണമാണ് എന്ന് സമ്മതിക്കാൻ ഇവർ കൂട്ടാപ്പൂലെന്നാ പറയുന്നത് അതെങ്ങനെ ചെയ്താ സ്വർഗം കിട്ടാനത് തടയും സ്വർഗം തടയപ്പെടാനുള്ള കാരണമാണെന്ന് പറഞ്ഞാൽ കൂടുതലെ സ്വർഗത്തിൽ കയറാനുള്ള കാരണമെന്ന ഇവർ തെളിയിച്ചില്ല ഭദോഅ അന്നവീലെ ഇലൽ ജന്നത്തി ശിവ ഇതിൽ കൂടി പോയാലെല്ലാം സ്വർഗത്തിലേക്ക് വെയിന്നില്ലെന്നാ പറയുന്നു വേറെ പോയ സ്വർഗത്തിൽ നെത്തേം വലിദാലിയ ഖാനൽ ഹസന റസൂലുള്ളാഹി നബിയ്യ് മുഹദസാന ഹദസൂ ഹദിക ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഹിദസാത്ത കണ്ട രണ്ട് മുഹദസുണ്ട് റസൂലുള്ളാഹി ദൂർ റഅയിൻ സയ്യിഇൻ ളാമ അന്നൽ ജന്നത്തു ലിമ റഅ മിത ലറഅയിഹി ഉന്നബി ഒരു സയ്യിഹായ റഅയിഓടെ വെച്ചാൽ ഓം ബാദിക്കുന്ന ഞാൻ കണ്ട ചികിത്സിൽ കൂടി പോയാലേ സ്വർഗ്ഗം കിട്ടുള്ളൂ അല്ലല്ല പേടണം മറ്റൊന്നോ മുത്തലിഫു ദുന്യാ ദുന്യാവിനാരാധിക്കുന്ന ഒരു ആഡംബര പ്രിയനുണ്ട് ലഹായു വലഹായർ ദുഞ്ഞാവിന്റെ വേണ്ടി മാത്രം ഓൻ ജലിച്ചം പിടിക്കും ദുഞ്ഞാവിന്റെ വേണ്ടിയും തൃപ്തിപ്പെടും അപ്പൊ വേണ്ടി ദുന്യാവിനെ നോക്കിയിട്ടാണ് വയ്യഹായ തുലബോ അതേ വോ തേടുള്ളൂ വയ്യാഹായ തുലബൂ അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരെ പുറപ്പുതൂഹുമായി ഇല്ലെന്ന രണ്ടാളെ നരകത്തിനെ കൊണ്ടുപോയി ചട്ടിക്കളാവുന്നതാണ് വയ്ന റജുലു നസ്ബഹ തിഹാദി ഹിദ്ദുൻയാ ബൈറ മുത്രീഫിൻ യദുഉ ഇലാ ദുൻയാഹു വസാഹിബു ഹവാൻ യദുഉ ഇലാ ഹവാഹു കണ്ടോ ഒരു റജലി റജലണ്ട് ആ റജലി ഈ ദുൻയാബിലി മുത്രീഫിൻ ദേയനേതാ സാഹിബു ഹവാ എന്ന് പറഞ്ഞാലട രണ്ടാലടിയിൽ ആയി ആ മുത്രീഫ് ദുൻയാബിലേക്ക് വിളിക്കുന്നു സാഹിബു ഹവാ വിളിക്കുന്നു എന്താ ആദം വിഷയിക്കുന്നു അങ്ങനടിയിൽ ആയപ്പോൾ മക്ക റസമഹുല്ലാഹു തആല മിന്നുമാ രണ്ടാല തൊട്ടുണ്ടർക്ക് അല്ലാഹു തആല ഓര കാട്ടിട്ടുണ്ട് ചിലപ്പോൾ അസംഭത്തിൽ തങ്ങളന്നെയായിരിക്കും നേരത്തെ പറഞ്ഞില്ലേ സഹാബത്തിനോട് ഏറ്റവും തുല്യത പുറത്തുന്നവരെ ആയിരുന്നു എന്ന് ഉറപ്പത്തി ആ ഇവർ അമ്മ കാത്തിട്ടുണ്ട് എന്നാണ് ചിലപ്പോൾ ആ റൊജിനും ഉപറന്നെയായിരിക്കണം ഇവർ എന്താക്കുന്നതറിയോ ചിലിഹിങ്ങളൊക്കെ ഉള്ള ഓറക്കൽ പണഞ്ഞുകൂടി ഇങ്ങനെ തന്നെ ഓറക്കാണോ ഓറക്കാണെന്ന് കണ്ടുപിടിക്കണം അതിലേക്ക് എത്താറും അവർ അൽ എന്തായിരുന്നു ചോദിച്ചറിയുകയും ആസാറുകളെ പിൻപറ്റുകയും ചെയ്യുന്നു മുസാഹരൽ നമീം അജിരു നവീമിന് അവർ തയ്യാറായി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് സഖതാലിക്കോലു നിങ്ങൾ അതുപോലെ അയച്ചോളിയും കുട്ടികളെയാണ് നമ്മളോടാ അറിയുന്നു അത് ഓർ ഇല്ലാറില് വക്കതുറവിയാൻ നിബിനി വസ്തു എന്നതൊക്കെ മോക്കൂഹം മുസലത്തൻ രണ്ട് നിലക്കും അറിയിട്ടുണ്ട് ഈ ഒന്നിക്കും നിബി വസ്തു തങ്ങളുടെ സ്വന്തം കോലാവാം അല്ലെങ്കിൽ മുസലത്താകും മറക്കുവാനല്ല അന്നഹു കാല ഇന്നമാഹുമാനി അൽ കലാമും അൽ ഹദിയും ആകെ രണ്ടു കാര്യം കാര്യം രണ്ടേയുള്ളൂ ഒരു കലാം ഒരു ഹതിയെ ഏതാ കലാമ് ഫഹസൻ ഉൽ കലാമി കലാമുൽ ഹതി ഹദിയത് രണ്ടുമല്ലാത്ത ഒന്നൂടെ ഇല്ല എന്നറിഞ്ഞു പിന്നെ അതപ്പുറമുള്ളതോ അന വയ്യാക്കും മുഹ്ദസത്തുൽ ഉമൂറു എന്നിവ രാത്രിയും പകലും കേറിയിരിക്കണ ഫൈന തർല്ലുമു ഉമൂദി മുഹ്ലസത്തുഹാ ഫൈന വൈന്ന കുല്ല മുഹ്ദസതിൻ ബിദിഅ അ വൈന്ന കുല്ല ബിദിഅതിം മലാള അനനായതുൽ അലൈക്കും നമദു ഈ മുഹ്സത്തുൽ ഉമൂറു വാടവടങ്ങി പിങ്ങനെ വെന്നതല്ലകാരം നമ്മേണ്ടു പോവാൻ പാടില്ല അങ്ങനെ ഫടക്സുകൊടുബക്കും അപ്പോൾ നിങ്ങളുടെ കൽബം താങ്ങും ഖസാവത്തിലേക്കുത്തും മത്തെ മർന്നു മർന്നു മർന്നു വലിയ വലിയ വലിയ നടക്കിടയായിട്ട് മറു لقد كنت أخبرتنا من قبل أن يكون هناك في مدى لقد أخبرتنا من أنزاما لقد أخبرتنا من أنزاما على كل ما هو آس قريب برابو غلظ اللام قليبان على إن البعيد ليس بآت بعيد ليس بآت وفي خطب الدرسول الله صلى الله عليه وسلم قوبا لمن شق له عيده والنجوب الناس ഒരു തന്നാണ് മുഴുവൻ മംഗളവും അവന്റെ സ്വന്തം അയബെന്താക്കി അവനെ ചുവലാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ അയവ് നോക്കാനോ എനിക്ക് സമിയില്ല സ്വന്തം ചുഴലുണ്ട് വാസകമിൻ മാണി നിത്യസമൂഹവും കുറ്റകരമല്ലാത്ത മാർഗത്തിൽ കൂടി കുറെ ഫൈസ് സമ്പാദിച്ചിട്ട് അത് നല്ല മാർഗത്തിൽ ഇങ്ങനെ ചെലവാക്കുന്നുണ്ട് ഹെക്കുമത്തിന്റെയും ഹരികാരോടവൻ കൂടിക്കലരുന്നുണ്ട് അവൻ അകന്നു നിൽക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ജീവിതം നയിച്ചാക്ക് പൂബലിയിലായി മുത്തക്കം വിതായിട്ടില്ല ലലിയിലാണ് മഹസ്ലത്ത് ഹലി കത്തു അവന്റെ ഹലിയക്കത്തെല്ലാം നന്നായിട്ടുണ്ട് വസനഹത്ത് സലീറത്തുഹു അവന്റെ വാസിനോ കാലാഹമായിട്ടുണ്ട് മറ്റേതാവിന് വഹദനു ഇവന്റെ വക്കൽ നിന്നുണ്ടാകുന്ന ചെറുവിനെ ജനങ്ങളത്തൊട്ടവൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പം ഈ സ്വഭാവക്കാർക്കും തൂപ ഇനി മൂന്ന് ഒറ്റന്നെ തൂബ അവന്റെ ഇൽമനുസരിച്ച് അവൻ അമൽ ചെയ്തു അവന്റെ മാലിൽ നിന്ന് അവന്റെ ചെലവ് കഴിച്ച് ബാക്കി വരുന്നതിൽ നിന്ന് അവനെന്താക്കി നല്ല മാർഗത്തിൽ ചെലവാക്കി സംസാരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതിനത്തോട്ട് ഹിംസാജ് ചെയ്ത് സംസാരം ഇത്ര മതി ഇനപ്പറും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നിടപ്പറ്റിസാക്കി നാവടം പന്താക്കി അവനിക്കെന്തെൽ ചെയ്യാനും സുന്നത്തിനോട് വിശാലതുകൊണ്ട് വിധേയത്തിലേക്കൊന്നും പോകേണ്ടത് അതിയോട് വന്നിട്ടുമില്ല സുന്നത്ത് തേയാത്തോണ്ടാണല്ലോ വിധേയത്തിൽ വെച്ചു കെട്ടേണ്ടി വരുന്നത് പായതൊന്നും പറ്റാണല്ലോ പുതിയെടുക്കേണ്ടി വരുന്നു സുന്നത്തിൽ തന്നെൽ ചെയ്യാൻ ഇഷ്ടം പോലുള്ള സൗകര്യം ഉണ്ടാവും അഭിനന്ദി ബയലേക്ക് വെച്ചു കിട്ടുന്നു ഏതാണ് അതാണ് അമലിൽ നിന്ന് കസീർ ഏതമലി ആ വിദേശ അസലില്ലാത്ത കുറെ അമലിഞ്ഞിരുന്നു ആ കത്തിയിലുള്ള അമലിനാക്കണം നല്ല ഏതാണ് സുന്നതിപ്പിച്ച കുറച്ച് അമലാണ് അസോ കമ്മ ഏറ്റവും നല്ലതെന്ന് അന്തും ഫി സമാൻ ഫി ഹിൽ മുസാരി നിങ്ങൾ ഒരു കാലത്ത് ജീവിക്കുന്നു നിങ്ങളിൽ നിന്ന് ഖൈറായ ആളാരാണ് ഉമൂറുകളിലെല്ലാം മുസാരിയാൾ അതായത് കൂടുതൽ ആരോപിക്കൊന്നും ചെയ്യാൻ കൽപ്പന കിട്ടാൻ കണ്ടിട്ട് ചെയ്യല്ലേ കാരണം കൂട്ടുകിളിറാം ഇനിയൊരു കാലം വരും ചെയ്യാം വന്ന് ചെയ്യാൻ പറ്റോ പറ്റൂല്ലയോ അത് വീണ്ടു വിചാരം ചെയ്യാതെ ചെയ്യാൻ പറ്റൂലെന്ന് എനിക്ക് പറയും തവക്കുപ്പ് വേണം വസയത്തി ബാദക്കും ജമാൻ യക്കൂന്ന് ആ കാലഘട്ടത്തിൽ രണ്ട് ഹൈറുള്ള അൽ മുത്തു അൽ മുത്തിഫ് ലിഖത്തി സുബുഹാത്ത് വർദ്ധിച്ച കാരണത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുമോ തവക്കപ്പ് ചെയ്യണോ വേണ്ടിയോ എടുത്തൂടോ എടുത്തുകൂടോ എന്നിങ്ങനെ തവക്കുപ്പായിട്ട് ആലോചിച്ച് ഏതെങ്കിലല്ലാതെ കണ്ട് രക്ഷപ്പെടുക അങ്ങനത്തെ ഒരു കാലം ഇനി വരാൻ പോകുന്നു തങ്ങളുടെ കാലത്തോ എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഇരുപാതികം ചെയ്യാം അതാർ തീർന്നു ഇന്നിട്ട് പറഞ്ഞമൊക്കെ അതക്കാം അത് നമ്മളെ മാമ പറയുന്നു സമല്ലം എ തവക്കഫി ആദർദ്ധമാണി ഈ കാലഘട്ടത്തിൽ ഈ തവക്കഫി ഇല്ലെങ്കിൽ വവാഫക്കൽ ജമാഹീറ ജംഹൂർ പറയും മോലങ്ങൾ കേട്ടു ഈ കാലത്തോക്കുമ്പോ കോഴിക്കൊണ്ടി ആ എല്ലാവർക്കും നിന്നുണ്ടല്ല എല്ലാം ഒരാർക്കും നിന്നു എല്ലാവരും നിന്ന് ജംഹൂർ ഉറപ്പ് ഞമ്മക്ക് നിന്നാപ്പ എന്ന് വിചാരിച്ചാൽ കാലം ചിലപ്പോൾ ഘട്ടം കൊടുക്കണം ഇവിടെ തവക്ക് പോകണോ വീട് എങ്ങനെ എങ്ങനെ എത്തിയത് അപ്പഴയ കാലങ്ങളല്ല ഏത് കാര്യത്തിലും വേഗം ചെയ്യുന്നത് കുറച്ചും വരില്ല ജുമൂറിനോടൊത്ത് സീമാ ഓർത്തിൽ അവിടുപ്പിട്ടതിൽ പറയുന്നത് ഭയങ്കര ജബ് എന്തേ കഴിഞ്ഞ കാലത്ത് മുങ്കറായ കര നിങ്ങൾ ഇക്കാലത്ത് മാറൂപ്പായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുങ്കറായ കാര്യമായിരുന്നു ഇക്കാലത്തോ അതൊക്കെ മാറൂപ്പായി മാറി നേര സ്ഥലത്തിരുന്നു വാൻകര മുൻകുറക്കുമ്പോൾ ഞമ്മ മാറൂഫ് സമാനും കഥ അട്ട നിങ്ങൾക്കിപ്പോ മുങ്കറായി തോന്നുന്ന കാര്യമുണ്ടല്ല പൂർവ്വകാലത്ത് അത് എന്തായിരുന്നു മാറോപ്പ് സമാനും കഥഅട്ട നിങ്ങൾക്ക് മുങ്കറായി തോന്നുന്ന കാര്യം ആ കാലത്തും ആറുപ്പായിരുന്നു ആ കാലത്തും ആറുപ്പ് നിങ്ങൾക്ക് ഇന്ന് മുങ്കറുമാണ് നേരെ തള്ളി വൻ കഴി വൈ ഇന്നും ഹക്ക നിങ്ങൾ ഹക്കിനെ അറിയുന്ന കാലത്തോളം നിങ്ങൾ ഹൈദ കൊണ്ട് നിൽക്കുന്ന ആളാകും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആലിം അതുകൊണ്ട് ആ ഹക്ക് കൊണ്ട് കാലത്തോളം ആലിമിന് ഹക്ക് തിരിഞ്ഞു പക്ഷെ ആണ് ഒളിപ്പിച്ചു ആരും എങ്ങനത്തെ അപ്പൊ ആരും മുത്തഫി ആകാനും പാടില്ല ഹക്ക് നിങ്ങൾക്ക് തിരികെയും ചെയ്തു എന്നാ നിങ്ങൾ കൈറലാണ് എന്നിട്ട് പറയുന്നത് വക്കത് കതക്കാം ഇത് നമ്മുടെ ഇമാമിന്റെ കോരി ഫൈൻ അച്ഛനോപാത്തി ഹാവിൽ ആസാദി മുൻകറാത്തൊക്കെ അച്ഛൻ സഹാപത്തിൽ റവിയൊന്നാകാനും കേട്ടാ സഹാപത്തിന്റെ കാലത്തുണ്ട പല മുൻകറാത്തായിരുന്നു ഇന്നത്തെ മയറൂപ്പാത്തി നമുക്ക് ഇത് ഇനി വറവിൽ മയറുപാർത്തി തീ സമാനം കാലത്ത് നല്ല കാര്യത്തിൽപ്പെട്ട മുന്തിയ കാര്യം പള്ളിരിക്കും എവിടെ പള്ളിരി പടം ഇല്ലാത്ത പള്ളി പറഞ്ഞെ സാബത്തിന്റെ കാലത്തിൽ പടം പിരിക്കുന്ന കുമ്പത്തേ പറഞ്ഞെ വരയുള്ള കുപ്പായ ലഭിക്കണമെന്നാണ് ഇത്ര ഊരിച്ചാറിയത് ഉണ്ടപ്പോ നിൽക്കുമ്പോ എന്റെ മനസ്സ് ബെച്ചക്കുന്ന പേടി തങ്ങളെ മനസ്സിൽ വരിച്ചോഹത്തി പള്ളിന്റെ ഇമാരത്തിന്റെ തക്കായ്ക്കിന് വേണ്ടി ഫുറസുൽ റഫിയെ ജീകാക്ക് വേണ്ടിട്ട് അതിനെ മൂടി പിടിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും കണ്ടിട്ട് ഭയങ്കര പണിയാണ് ഏത് ഇന്നത്തെ മെറൂഫ് പക്ഷെ അതിന് നിസ്കാരം കൃത്യമായിട്ട് വേണം നിസ്കാരത്തിൽ പ്രസവം ഉണ്ടാകണം എന്നത് ഇന്ന് മെറൂഫോ കുറവ് പറഞ്ഞിട്ടുണ്ട് കേറുന്നാണോ തൊണ്ണുനാണോ ദൂന്നയും കാണോ പായയും കാണാം മൂന്നാവിണേക്കുണ്ടാകും പള്ളിക്ക് എത്തിച്ചു രണ്ടു വെള്ളം വള്ളങ്ങളുടെ കോരി പാഞ്ഞു കയറിയില്ലേ ആ കാർപ്പറ്റും മടക്കാക്കിയില്ലേ പള്ളിയെ വലക്കത് കാണുക ഫുറസിൽ ബവാരീഫിൽ മസ്ജിദ് വിദേഹത്തൻ പൂർവ്വകാലത്ത് ഇത്തരത്തിലുള്ള വിരിക്കുകൾ പിരിക്കൽ വിദേഹത്തായി കണക്കാക്കപ്പെട്ടിരുന്നു വക്കീൽ ഇന്നഹും ഈ മൊഹിന്ദസാദിൽ ഹജാജിന്റെ കാലത്താണ് ഇവരെ കാലം തുടങ്ങി ഈ പടം പിരിക്കൽ എന്തെല്ലാം ഇത്രപ്പണികളാണ് വലക്കത് കാണൽ ഹാജിദൻ പൂർവകാലത്തുള്ള ആളുകൾ അവരുടെയും മണ്ണിന്റെ ഇടയിൽ ഒരു ഒരു വിരി പോലും മണ്ണിൽ തന്നെ സ്വയോ ചെയ്ത കാലം ഉണ്ടായിരുന്നു വക്കതാളിക്കൽ ഇസ്റ്റകാലം പിന്നെ തക്കായിക്കൽ ജതലും വൻ മുനാ നിർത്തി ഈ കാലഘട്ടത്തിലുള്ള മുന്തയിൽമേതന്ന് ജതലും മുനാതിർത്തു അത് കിട്ടിയ വരി അല്ലാമേ വരമ്പിച്ചല്ലാമിയായി ആകാശത്തിൽ ഇവിടെ ഭൂമി നിന്നാത്ത അവിടെ അവസരം ഇരിക്കേണ്ട ആളാവുന്നല്ലോ ഒന്ന ആകാശത്തിലും പോരാ ചിലപ്പോ അതിനകാശിലിരിക്കൂ മൂന്ന് അന്നഹിൻ അകമിൽ കുർബാത്തിൽ പെട്ടതാ എന്ന വാദം എത്തരത്തിൽ വക്കത് കാനമില്ല മുംങ്കറാത്ത് പൂർവ്വകാലത്ത് മുൻഗറാത്തിൽ പെട്ടതായിരുന്നു അല്ല ഓരോ മില്ലെന്നും വമിൻ താലിക്കൽഹത്തിൽ കുർഹാനുവല്ലത അല്ലെ ബാങ്കിലും കുറാനോ അതുമുള്ള ഓരോ രാഗങ്ങൾ അതാ ഇങ്ങനെ ഇനി എന്തല്ലോ വേസനാക്കിച്ച് ഏഹ് മലേഷ്യൻ ഭാഗം തന്നെ ഇനി പറയുന്നേ അതിലൊരു ഈ ഈ പൂക്കലല്ലാണ്ട് അഷാദോ ഈ ഹാറ്റടയിൽ അടുത്ത ഇങ്ങനെയാണ് ഇല്ല അന്നൊക്കെ ന്യൂനിണ്ടാവും ആനിയായി മുഹമ്മദായി മുഹമ്മദായി പിന്നെ മുഹമ്മദുറാ എന്ന് പറഞ്ഞാണ് സൂലുറാ തന്നെ ഖബർ സൂളദാൻ റാഡെടുത്തിട്ട് മുപ്പിൽ അപ്പുറത്തേക്ക് ചേർത്ത് വമീന്ദാരിക്ക്പ്പെട്ടാണ് അറ്റാക്ക് പിൻ നാഫത്തിൽ തഹാറ ശുദ്ധീകരിക്കുമ്പോൾ വസ്തുവസത്തും നമാഫത്തിനല്ല അങ്ങേ അച്ച വരികയും നന്ദാഫത്താക്കിയവരാക്കിയാലും വൃത്തിയാക്കിയ ഒരാക്കിയാലും നേരമ്പെടുത്ത് വെന്തരോളം തിരുമ്പിയാലും കുടിച്ചാലും തീരാത്ത ആളല്ല ഒരു ദിവസം ആയിട്ട് കുടിക്കന്നെ നന്നാഫത്തെ നന്നാഫത്ത് അങ്ങനെ അതവ ഒരാൾ തൊട്ടുപോയി വൃത്തിയോടെ ഓ എട്ട് വായ്പ കൊണ്ടപ്പോയി കഴി കഴി കഴി കഴിക്കൊരു ടാങ്ക് വെള്ളം കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് വന്ന കോളേജ് തുടങ്ങും ഈ തൊടുംബത്തിൽ നഗീസ് അയിനാ തൽക്കാട് ഉണങ്ങിയ സ്പൂണ ഞാൻ എന്താക്കി ഊതിപ്പോ ദക്ഷിണാഫ്രിക്ക എന്നെ കൊണ്ട് രണ്ട് കേസം ഞാൻ നീല് പോയസ്ണ്ടാ ഗുണവാ ഇല്ല നഗീസ് ഉണ്ടാ ഇല്ല ഞാൻ നമാസത്ത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉണങ്ങിയ സാധനം അവിടെ നിങ്ങൾക്ക് എന്താണ് നവാപത്തിന് കഴുകുന്നത് സഹാളത്തിൽ ഒത്തോഷത്ത് ആക്കിയാക്കി വെള്ളം കുടഞ്ഞു പോലും എന്തൊക്കെയും തുഴിഞ്ചിത് അടിക്കെട്ടിട്ടുണ്ടാകുമ്പോഴും വരുന്നു ശുദ്ധിയാക്കിയിട്ട് ഇങ്ങനെ ഏടെയും തൊടാ അടി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് തുഴിഞ്ചിട്ട് കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടി ഒന്നും വന്നിട്ടില്ലേ ഏടെ കൂട ചായ കൊണ്ട പോണേ വള്ളി കെട്ടിട്ട് ലാസത്തഹാറത്ത് സാധനം എന്താണല്ലേ ക്ലീനക്സ് കാരണം എല്ലാം മെഡിക്കൽ കൂട്ടിപ്പൊടിക്കേണ്ടത് ക്ലീനിക്സ് പോണ്ട കൂട്ടിപ്പൊടിക്കേണ്ടത് ആ കസാ വായസ സഹാറത്തിന്റെ നവാസത്തിലുള്ള സാധനമൊക്കെ ക്ലിനക്സ് ആയിരിക്കും അതിന്റെ സെന്റർ അവസാനിച്ചിടത്തേക്കല്ലേ എന്തോ നജീസാവുന്ന സങ്കല്പിക്കൽ എങ്ങനെയാന്ന് അതിലേക്കുടേ നായി പോകുന്ന ആണ്ടിന് ഒരുപക്ഷം നായ് മൂത്രം വീട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെല്ലാം ഭയങ്കര ശിക്ഷമാനം ഉണ്ടാവും ഇവിടെ സബൂൽ മോദിക്കാത്ത കരീബായ ഹെറ്റിമാറിന്റെ യാതൊരു ധാരത്തും വേണ്ട തക്കതിയിലുള്ള അസ്ബാബിൽ ബഴഗീതത്തി രജാകത്തെ സിയാബി വസ്ത്രങ്ങൾ രജസാ എന്ന വിഷയത്തിൽ വളരെ ബഴീത ചില അസ്ബാബുള്ള ഉണ്ടാക്കും മനസ്സിൽ കണക്കൂട്ടി ഉണ്ടാക്കും അരേക്കൊരു അങ്ങുന്ന ഒരു നായി ആണല്ലേ ബി സി കൂട്ടുന്ന ഈ മെറ്റിക്കറ്റ് ഇത് കാണിക്കാനും ചെയ്യാവില്ല എന്താന്ന് ഇത് പോയിട്ട് എന്താ സ്റ്റോക്കറ്റ് ആംബുലൻസിനൊക്കെ കൊത്തി ആംബുലൻസ് മുള്ളിൽ കൂടി വയനിട്ട് അടുത്തേക്ക് എത്തി ലൈൻമലേക്ക് എത്തി ലൈൻ മല സിക്ക് പോസ്റ്റിലേക്ക് എത്തി എസ്സിക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് നായ്മൊക്കം ഇരുന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് ഏത് ഫിക്സിൽ ആ എസ്സിക്ക് പോസ്റ്റ് നായ്മുത്രം പിറ്റാ പള്ളിനോ വയറിനെ ജീസാവും ഞാൻ പറ്റി പള്ളിച്ചിരുന്നപ്പോ ചർച്ച തന്നെ ഇതാണ് ഞാടല്ല കൽഫൂർ മറുവശത്തോ മഴത്താരുത്തി ഹില്ല എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോ ഹലാലോ നോക്കുന്ന വിഷയത്തിൽ ഒരു ഒരു ചൂട് അവിടെ കാണാനുമില്ല ഇലാണിച്ച ഇങ്ങനെ വലതുകൊണ്ടോ അറിയാമല്ലോ വലക്കത് നിങ്ങൾ ഒരു കാലത്താ ഇല്ലേ ഇൽമിനോട് താബിയായിട്ട് ഹവ ഉണ്ടാവും ഇനി ഒരു കാലം വരുമ്പോൾ എന്താ അറിയോ തടി ഹബാണ് ഇൽമി പിമ്പറ്റിന് കാലം വരുന്നുണ്ട് അത് അവസമാണ് യക്കൂർമസിൽ വരുന്നുണ്ട് തടിഹബാട്ട് ഇൽമി ഇങ്ങോട്ട് വെള്ളമെന്നാണ് വക്കദമ്മ യൂർമി മാൻ അക്കുട്ടെ പറ്റി പറയുന്നു ഇൽമിനെ അവർ ഉപേക്ഷിച്ച് എന്നിട്ട് എന്താ അതെല്ലാം നോക്കിപ്പിടിക്കാൻ ശരിയായ എഴുമ കൊണ്ട് ഉപേക്ഷിക്കുക വലീബായിട്ട് ആൾ അത്ഭുതപ്പെടുത്തുന്ന പലതു കുടുംബത്തിനൊരുവക്കനെ പകർത്താൻ അവരെ എഴിമിനെ എത്ര ശരിക്കും വസ്തുവല്ലെന്നും വക്കാല മാലിക്കുനാ പറയുന്നു വലഞ്ഞത്തിനുള്ള വലാസിന് അഗ്രത്തുംക്കൂറൂന മുസ്തഹബും അല്ല ജനങ്ങൾ ആയിരുന്നില്ല മുൻകാലങ്ങളിൽ എങ്ങനെ ഇത് ഹരാലാണോ ഹറാമാണോ എന്ന് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഹരാനും അറാറും വർദ്ധിച്ച കാര്യം തന്നെയാണ് അവർ ചോദിക്കൽ ഇത് സുന്നത്താകുമോ കരാഹത്താകുമോ എന്നാണ് ആയോചിത അതാ വെച്ചാൽ ആ വിഷയത്തിൽ പോലും അവർക്ക് കർശനമായ കാര്യങ്ങൾ അമ്മ എൻ ഉന്നാസിൽ ജമ്മ പക്ഷെ വലം ജക്കൂൻ മാു ജൂരൂന ഹറാമും വലാഹാരെല്ലാം മറുപടിയിൽ പറയുക ഒരാത്തിനതിർക്കും ജക്കൂരൂന മുസ്തഹബുംഹൻ എന്നുള്ള മറുപടിയാണ് സാധാരണ കേൾക്കപ്പെടാറുള്ളത് അത്തരം ദക്കീക്കായ കാര്യത്തെ കുറിച്ച് ചോദ്യം എന്താ ഈ പറഞ്ഞ അർത്ഥം ഒമായനാഹു ഇമാമിന്റെ കലാമടത്തീർന്നു ഇത് നമ്മളിമ്മാമ്മ പറയും ഒമാനാഹു അന്നഹും കാണു എന്തൂനീക്കൽ കറാഹത്തി പൂർവ്വകാലത്ത് കറാഹത്ത് വന്നേക്കുമോ ഇസ്ത്രമാ ഭേദ വിട്ടുപോകുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു അവർക്കുള്ള ചിന്ത ഉണ്ടായിരുന്നത് എന്നുള്ളത് അതിന്റെ ഫഹസ എല്ലാവർക്കും ചോദിച്ചറിയേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾ ഇക്കൂട്ടറോട് ചോദിക്കണ്ട ഓർ സ്വന്തനത്തിൽ എന്താ ഉണ്ടാക്കി വെച്ച കുറെ മസങ്ങൾ തട്ടിക്കൂട്ടിയ കുറെ ആശയങ്ങൾ എന്താ പലതുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അത് ന്യായീകരിക്കാനുള്ള മറുപടി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കാനേ നിൽക്കണ്ട ഇന്ന കാര്യം സുന്നത്തേത് എന്ന് ചോദിച്ചാൽ ഫൈനം ലായ അവർക്ക് സുന്നത്തോങ്ങാൻ ജവാബ് അറിയണ്ടാവില്ല ഓർ തട്ടിക്കൂട്ടി വെച്ച കുറെ എന്തെല്ലാം ഫോമുലകൾ ആ ഫോമുലകൾ തങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി എന്തെല്ലാം ദലീലുകളാണ് അപ്പൊ അവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ച് ഹിദാസ് ചെയ്ത കാര്യത്തിന് ഫൈനം കഥ അബ്ദുൽ ജവാബൻ എല്ലാത്തിനും ജവാബുണ്ടാവും എല്ലാത്തിനും തെളിവുണ്ടാവും അവരൊന്നിലധികം ഉണ്ടാവില്ലെന്ന് ചോദിച്ചുണ്ടാകുക ഇതന്നെ നിങ്ങളെങ്ങാണ് സുഹൃത്യത്തിന് നിങ്ങളെ തന്നെ കൂടുതലാക്കി കളിയുന്നതാണോ അപ്പൊ ഒരാൾ രണ്ടാളും ലാണ്ടേ അപ്പൊ കൂടുതലാകാൻ ഹെദ് രണ്ടാകാം മൂന്നാകാം അത്ഭുതം ആകാം അപ്പൊ ഞാൻ ജയിച്ചു ചോദിക്കുന്നത് രണ്ട് ചോദ്യം എനിക്കുണ്ട് ഗാദക്ക് രണ്ട് വക്താവില് വേണം രണ്ടാം വക്തവിലിവിടെ ജാതി തന്നെ ന്യായമാവ് രണ്ടാം വസ്തുവിൽ എല്ലാവരും സങ്കല്പിച്ച് കാണുന്നുണ്ട് രണ്ടാം വസ്തുവിൽ ഇവിടെ ലോകത്ത് പറഞ്ഞത് പിന്നെ ഇന്ന ഹുക്കാന അബദി സക്കൂറാന്ന് പറഞ്ഞ ചുക്കിത അങ്ങേറ്റം മികച്ച ആളായിരുന്നു ലൂഹൻ അലി വസ്സലാമെന്ന് കുറാൻ പറഞ്ഞു നബീലഅ അലി വസ്സലാമ ഏറ്റവും അസ്തർ ഉന്നാസായിരുന്നു പറഞ്ഞു എന്തുകൊണ്ട് രണ്ട് ലോഹൻ അബി ഉണ്ടായില്ല ശുക്ർ പറഞ്ഞതുകൊണ്ടോ എല്ലാരും അതീതന്റെക്കും എന്ന് പറഞ്ഞ വാക്ക് പാലിക്കാത്തത് കൊണ്ടോ എല്ലാം പറഞ്ഞ കളിവായത് കൊണ്ടോ ഉത്തരം പറഞ്ഞു ചോദിക്കാൻ പാടില്ല ഇമാൻ ഒരു കളിയും നിങ്ങൾ ഇമാൻ പോയി സ്ഥലവും മണി സുന്ന സുന്നത്തിനെ കുറിച്ചൊന്ന് ചോദിച്ചാട്ടെ ഫൈനം ലായാരി ഓർക്കൊരു വണ്ണം കഷിട്ടുണ്ടാവില്ല ഏത് കാലത്താ നോക്ക് കുറവത്തെ മൃഗത്തെ തങ്ങളുടെ മോനായി കാലത്തിന്റെ അടുത്തായി തന്നെ ഉണ്ടാവും فيا حمد الله تعالى اذا وافق ما في نفسي به وانما قال نور بقولنا نابول سليمان داراني بقولنا ايه ورான മനസിൽ ഒരു ഹൈറായ കാര്യം തോന്നി ഇൽഹമായി തോന്നി എന്നാൽ അതിൽ ഇൽഹാം അല്ലേ ഹൈറല്ലേ എന്നല്ലേ അന്നാ തന്നെ അമല ചെയ്യാൻ ആയിട്ടില്ല ഹത്താ യസ്മ അബിഹി സിൽ അസർ അസറിൽ അതിനെ പ്രതിതി ഒരു ചിന്തുള്ള കിട്ടണം അപ്പോൾ മനസിൽ തോന്നി എല്ലാ ഹൈറും നടപ്പിലാക്കാൻ മെതുലാനെന്നുണ്ടോണ്ട് അപ്പം പലരും നടപ്പിലാക്കുന്നുണ്ട് സംഘടനക്കാരോ നടപ്പിലാക്കുന്നുണ്ട് പാർട്ടിക്കാർ ആകാം മുലക്കന്മാർ ആകാ കമ്മിറ്റിക്കാര പലതും ഹൈറന്നാ പറയാ ഇൽഹാമായിട്ട് വല്ല ഹൈറും ചോദ്യപ്പെട്ടാൽ തന്നെ അതുകൊണ്ട് അയ്യായാൻ പറ്റൂലാക്കണം അതിന് ഒരു തെളിവ് കേൾക്കണം അഹമ്മദ് അള്ളാൻ ആസ്വദിച്ചോട്ടെ ഇല്ല വാപ്പക്ക മാൽഹമായിട്ട് കിട്ടിയതിനോട് ആ ആർ ഒട്ടു വന്നാൽ എനിക്ക് പല അപ്പൊ എൽഹാമായിട്ട് കിട്ടിയതാണ് എന്ന് ഭാഗത്തൊന്നും ഇവിടെ എം എൽ എ കൊണ്ടരയച്ചില്ല പറഞ്ഞു അതെന്താ പറയാൻ കാരണം അപ്പൊ ചോദിച്ച് എൽഹാമ തെടിവല്ലേ സെറ ഉണ്ടാക്കാൻ തെളിവില്ലല്ല ചിറയിൽ അംഗീകരിക്കപ്പെട്ട കാര്യത്തിന് ചില കൈതുകളോ വച്ചണ്ടകോ കൂട്ടാനല്ലാണ്ട് പുതിയ സെറ ഉണ്ടാക്കാൻ ഇല്ലാമ തെളിവല്ല ആ വച്ചണ്ട കഥ മറ്റേ ചോദിക്കണം സറകളിൽ മൊത്തം മറക്കിനെ പറ്റി മാക്സിമമായ ആൾക്കാണ് ഇൽഹാമ് വഹജിന്റെ ഭാഗമാണ് അത് സജ്ജത്താവും എന്നൊക്കെ ബാധായിരിക്കും സജ്ജത്തല്ല ചിറയിൽ അനുവദിക്കപ്പെട്ട വല്ല കാര്യങ്ങൾക്കും ഒരു കൈതു കൊടുക്കാൻ വേണ്ടി എന്താക്കാം ലഭിക്കാം ഒരാൾക്ക് എല്ലാമായിട്ട് കേട്ടെങ്കിൽ നാരിയസ്ഥലാത്ത് ചെല്ലിക്കോന്നു ആയിക്കോട്ടെ സ്ഥലാത്തയല്ല ചിറയിലുണ്ടല്ല അത് നാരിയസ്ഥലാത്താവുക അല്ലെങ്കിൽ നൂറെണ്ണം കഴിഞ്ഞു കൊടുക്കുക ആ കൈതും തെളിയിക്കഴിക്കും അത്ര സ്ഥലത്ത് ലീനിൽ നിർത്തിയുണ്ടല്ലോ അല്ലെങ്കിൽ അത്രത്തിശേഷം ജെല്ലിക്കോ എന്ന് പറഞ്ഞ് ആ വക്കത്തിന് നിശ്ചയത്തിന് തെളിവാക്കാം അദ്ദേഹത്തിന്റെ മക്രൂഹായിട്ടായിച്ചോന്ന് ഗിൽഹാം വീട്ടിയാ എടുക്കൂലി പറഞ്ഞത് ഇവിടെ വിദേഹത്തായി പലതും ഉണ്ടാക്കപ്പെട്ട പലതും പലതും പലതും മനുഷ്യന്റെ കാതിൽ നല്ലോണം തട്ടുകട്ടിട്ടുണ്ട് കൽബ് നല്ലോണം പൂണ്ട് പിടിച്ചിട്ടുമുണ്ട് അതൊക്കെ വലിയ ഗുണകരമായ കാര്യമാണെന്നൊക്കെ ഒന്നും കൂടെ കൂട്ടതിയാരത്തിൽ ഇല്ലേ ഇവർക്ക് അവർ കൂട്ടതിയാരത്തിൽ ഇരിക്കലുണ്ട് മണ്ണു അരുട്ടാതായാലും തൂല നീ അതിലുണ്ടായി അത് കൽബിന്റെ സഫായനാകം ആ കാരണത്താൽ എന്താണെന്നറിയോ ബാത്തിൽ ഹക്കാണെന്ന് കൽബിലേക്ക് തോൽപ്പിക്കപ്പെട്ടു നോക്ക് അപ്പൊ ആ തോൽപ്പിക്കപ്പെട്ട ചിലപ്പോ ഇൽഹാമെന്ന് ചിത്രീകരിച്ചു അതുകൊണ്ടാണ് മൂവർ എന്താക്കിയത് ഹൈറായ കാര്യമായിക്കോട്ടെ ഇൽഹാം കിട്ടിയത് അമി ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കൽബിന് സഹകര വന്നപ്പോൾ ബാത്തിന് ഹക്കായിട്ടെന്താക്കും സഹയിൽ വരും കൽബിന്റെ സഫായിന് കോട്ടം വന്നില്ലേ ആറാകള് പിരിക്കുമ്പോ കാത് തട്ടി കാത് തട്ടുമ്പോ കൽമ പതിഞ്ഞു കൽമപ്പതിയുമ്പോ കൽബിന്റെ സഫായിന് കോട്ടം വന്ന് അപ്പൊ ഇൽഹാം നിജത്തെല്ലാണ്ടായി മറിഞ്ഞു ഇൽഹാം ഇൽഹാമിന്റെ പതകില് വിട്ടുപോയത് മനസ്സിലാക്കിയിട്ടില്ല അതെന്തിനാ ഊപ്പർ സ്ഥാപിക്കുന്നത് ഇൽഹാമ് എന്നുള്ളത് കാര്യമായ വശമാണെന്ന് നാലാം ചോദ്യത്തിലും വേറെ പല ഭാഗത്തിലും മൂപ്പർ പറയുന്നുണ്ട് ആ അപ്പോ വിദ്യാർത്ഥികളും മാറായകളും കാവിൽ അത് കൽവിൽ പതിഞ്ഞപ്പോൾ കൽവിന്റെ സഫായി കോട്ടം വന്നു കോട്ടം വന്നപ്പോൾ ആ കൽവിൽ നിന്ന് കിട്ടൂല ഇൽഹാമ് തെളിഞ്ഞു കിട്ടൂല തെളിഞ്ഞു കിട്ടാണ്ടായി കഴിയുമ്പോൾ പയ്യഹത്താത്ത തീം വിളിച്ച ഹാരി വിഷഹാലത്തില്ലാത്ത ആ പാത്രം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സാരന്റെ ശഹാദത്തും കൂടി എന്തെങ്കിലും എന്താക്കാൻ പറ്റുള്ളൂ അതിന് പിന്തുണ കിട്ടിയെങ്കിലല്ല ആക്കാത്ത കാലത്തോളം രംഗത്ത് വരാൻ പറ്റൂല എന്ന് എത്തിയാത്ത് കാട്ടാൻ അവർ പറഞ്ഞിന്റെ അർത്ഥം ഇത് പറണ്ടി വരും കാരണം ഇൽഹാമിനെ മൂപ്പർ ഒരു പക്ഷം വേറെ വരുന്നുണ്ട് അപ്പൊ ഒരിക്കൽ അങ്ങനെയും ഒരിക്കലും വരണ്ടല്ല എന്താ വരി ഹാലാൽ അമ്മ അതത്തെ മറവാനുള്ള മിമ്പർ ഓഫ് ഈ സലാത്തിൽ മുസല്ല അതും ഭരണാധിപര്യല്ലേ മുസല്ലയിലെ മിമ്പർ കൊണ്ടെത്തി പുതിയ മെമ്പർ കാമെ അബൂസൈദിൾ പുതിയ ഈ റവിയാൻ അണിയിച്ചില്ലേ സ്വക്കാലയാ മറവാൻ മഹാദിയിൽ വിദേഹാന്ന് അറിയിച്ചു എന്തൊരു വിദേഹത്തുവാണെന്നാണ് സക്കാല ഇന്നഹിഹത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ ഹൈറായ ഒരു കാര്യ പറഞ്ഞ് വിദേഹത്തൊന്നുമല്ലാന്ന് മറവാൻ പറഞ്ഞു ഇന്നലാക്കത് കസുറോ ജനങ്ങൾ ഏറിപ്പോയി പാറസ്വ നിപഞ്ജകമോസ്തോ തോർക്ക് ശബ്ദം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞത് സക്കാല അബൂസൈദ് ഞാൻ നേരത്തെ അറിഞ്ഞു മനസ്സിലാക്കി പറയുക കാര്യമുണ്ടല്ലോ സഹാപത്തല്ലോ സഹാബത്തിന്റെ നമുക്ക് കേട്ടു പഠിച്ചാലല്ലേ സിപാറു സഹാബത്താമല്ലോ ആ അതിനാൽക്കാണ് കൈറല്ല ഒന്ന് നീക്കി കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അള്ളാന നിന്റെ പിന്നെ ഞാൻ ചിരിക്കാൻ കയ്യാറില്ല എന്നാ നിന്റെ പിന്നെ ഇന്ന് ഇച്ചിരിക്കില്ല അതാണ് വീര അപ്പൊ ഇവിടെ എന്താന്നൊരു മെമ്പർ വെച്ചോ എടുത്ത വരാനുള്ളത് നല്ല നല്ല ഉദ്ദേശത്തിനില്ലേ ബെച്ച് അതാകരയിലും ഈദിന്റെ കൊത്തുമ്പോ ഒരു കൗസോ പടിയോ വെച്ചിട്ട് നമ്മുടെ ചായും എന്തല്ലാതെ മെമ്പർമൊക്കെ അപ്പൊ ഇല്ലാത്ത മെമ്പർ ഇങ്ങനെ മിമ്പർ അത് وفي الحديث المشهوري من حدث في ديننا ما ليس منه فهو ردون يناوردين نمونا ديني ليه هذا ما ليس منه آه. فهو ردون هذا الله بنامنارنا وفي قبل الناخرة من غشة أمتي فعليه لعنة الله والملائكة والناس يزمعين أنت أمتنا رأينا شادكتنا بانجنا رأيتنا الله وينجة ملايكة ديني ملوانجة رأينا شعبا مغنة ميلانواردين ഉമ്മത്തിനെങ്ങനെ ചതിക്കൽ എന്ന് ചോദിച്ചു കാല യാസൂർന്നാ വമാകശുമത്തി ഉമ്മത്തിനെങ്ങനെ ചതിക്കലെന്ന് കാല ആ ഞാമത്തെ ഈ വിദേത്തെ ഞാമിനന്നാസ അല്ല ഒരു വിദേത്തിൽ കിട്ടി ഉണ്ടാക്കുക എന്റെ ജനങ്ങളെല്ലാം ചെയ്യാൻ പറ്റി പറയാം ഇതൊക്കെ നല്ല കാര്യമൊന്നുമില്ല വക്കാല റസൂടുള്ളഹി തള്ളുന്ന അനീവസെല്ലാം മിന്നലില്ലാത്തല്ല മനസ് ന്യൂനാദീ കൊല്ലിൻ മൺഹാര സുന്നത്ത റസൂലില്ലാൻ അള്ളാഹുവിന്റെ ഒരു മലയ്ക്ക് വിളിച്ചു പറയും സുന്നത്തിനാരെങ്കിലും മുഖാലപ്പത്തി വരുത്തിയാൽ അവർക്ക് തങ്ങളെ ചപ്പറാത്ത് കിട്ടൂലു കണ്ട സുന്നതിനോട് മുഹാലിപ്പാകുന്ന ഒരു കാര്യത്തിന് ഇബദായി ചെയ്ത് ദീനിലും അതിക്രമം കാട്ടുന്ന ഒരാക്കുള്ള മിസാദി ഇതുപോലെ ഒരു കുറ്റം ചെയ്യുന്ന ഒരാളക്കുള്ള ചേർത്തിട്ട് മിസാലുമൻ നസൽ മരിക്ക ഫീ കൽലി ബിസ്മീല ഹാലോക്കി ഹിദുമത്തി വാങ്ങണത്തിൽ രാജാവിന്റെ ദൌലത്തിന്റെ ഉള്ളുണ്ടല്ലോ അല്ലെ കേന്ദ്രത്തിൽ അവിടെ കൊണ്ടപ്പോ അട്ടിമറികൾ ഒരാള് മറ്റൊരാള് അവന് കേൾപ്പിക്കപ്പെട്ട എന്തോ ഒരു ഹിദമത്തിനെന്താ ഈ ചെറിയ ഒരു പാത ഈ രണ്ടും രണ്ടും ഉച്ചയാണോ നീ ആട്ടിനെ വായിക്കണമല്ലേ ഇന്ന ഇന്ന സമയത്ത് ഓഫീസ് ഉറക്കണം പറഞ്ഞിട്ട് അതിന് സമയത്ത് പാലിച്ചില്ല അതൊരാൾ അയാളാരാണ് മൻ അതമ്പന രാജാവിന്റെ ആ ദൗലത്തിന്റെ തലസ്ഥാനം അകലി തന്നെ ദൗലത്തിൽ പോലെ അട്ടിമറി നടത്തിയാലും ഭരണം കൂടാകെ തകര വരണമായി പറഞ്ഞത് കാരണം സുന്നത്തല്ലാത്തതിനെ സുന്നത്താക്കി വദാലിക കഥ യുഗപ്പുറോ ഈ ലാസ്റ്റ് ഭർദ ചിലപ്പോൾ എനിക്ക് പുറത്താക്കൂലത്തിന്റെ ഉള്ളിൽ നടത്തി അട്ടിമറി അത് മതപരമായ പ്രശ്നമല്ല വക്കാലം ബാഉലുലമാഉ പറയുന്നു മാ തകല്ലമ ഫീഹി സലഫു ഫസ്കുതു അൻഹു ജഫാഉൻ വമാ സകത അൻഹു സലഫ ഫൽകലാമ ഫീഹി തകല്ലുഹുൻ എന്നാണ് സലഫു സാലിഹെയുള്ള സംസാരിച്ച കുറേ വിഷയങ്ങളുണ്ട് അതിന തൊട്ട് മുണ്ടാതിരിക്കിലെ ജഫാഉ ആണ് അവരുള്ളൊരു ഒരു നിരക്തിയാണ് അതേ വസറത്തിൽ അബറ അടങ്ങി കൂടിയ ചില കാര്യണ്ട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു അതിനിപ്പം കലാമുണ്ടാക്കലോ അത് തക്കല്ലുഫുവാണെന്നും പാടുപടലൊന്നുമില്ലേ തക്കല്ലുഫ് വക്കാലോക്കു തക്കീരും വലിയൊരു വാരിച സംഗതിയാണ് അതിന് അക്കര വിട്ടാലോ അവൻ ലാലിമായി അതിൽ പോരായ്മ വരുത്തിയതും ആദീസുമായി അതിന് കണക്കിലിന്നുകൊടുത്താലോ കാര്യ അപ്പൊ കൂട്ടിയും വേണ്ട കുറച്ചും വേണ്ട കൂട്ടിയാ ലാലിമ് കുറച്ചാജിത് സമാസമജ മക്കാല തൊണ്ണീവൻ ആലിക്കും പിന്നെ നമത്തിന്റെ ഔഷധത്തിൽ എറജുയിലേഹി നാടി വേർത്തപ്പിലേഹി താടി നിങ്ങളൊരു ഔഷധത്തായ ഒരു നിരക്ക് നിൽക്കണം നമുക്ക് ഔസത്തായ അവസരത്തിന്റെ ഉണ്ടാക്കും മേലേക്കടത്തിലുള്ളെങ്കിൽ ഇങ്ങോട്ട് വേറെ താഴെക്കിടത്തിലുള്ള ഇങ്ങോട്ട് മതിക്കാരല്ലേ അപ്പൊ താലി എന്താക്ക അങ്ങോട്ട് കേറാൻ കഴിയും ആരിക്കും ഇങ്ങോട്ട് കേട്ട് വരാനും ചെയ്യും അങ്ങനെയുള്ളൊരു അവസ്ഥെ അപ്പൊ എല്ലാവർക്കും അംഗീകരിക്കാവുന്നൊരു ഭാഗത്തിനെത്തും എല്ലാത്തിനോടും അവസ്ഥക്ക് അപ്പൊ ഉസ്വാസുകാരനെ കാത്തിട്ട്കാലം വെയ്യാനും പാടില്ല അതോടൊപ്പം തന്നെ ഇട്ടു പോകണോ എന്നിട്ട് കടിമുടിയാക്കുന്നോ എനിക്ക് സുമനെടുത്തില്ലാത്ത ഇസ്കാരാക്കിയും വേണ്ട അപ്പൊ ആരിക്കും താലിക്കും രണ്ടാക്കും താലി എന്താകണം കുറച്ചു വരണം ആലി എന്താകണം കുറച്ച് ചെയ്യണം വക്കാൽ ഇബിനെ അബ്ബാസ് നവ്യല്ലാഹവൻ എന്ന് പറയും അന്നലാലത്തു ലഹാ ഹലാത്തും ഈ നലാലത്തായ കാര്യമുണ്ടല്ലോ അതിന് അതിനോട് പറ്റുന്ന അനുയോജ്യരാ ചില കൽപ്പിന്റെ ആക്കുണ്ട് നല്ല മധുരം നല്ലത് വിശ്വസിക്കുന്നു മറച്ച ചിലരുണ്ട് അവർ ആ കൂട്ടത്തിൽ കൂടാൻ പാടില്ല എന്നാണ് അവന് وقال تعالى فَمَنْ ذِيِّنَ لَهُ سُوءُ عَمَلِي فَرَآهُ هَسَنًا شِيْتَيَا عَمَلِي ابحثت تاوليكاً لَا سَمَنْ لَهُمَلْ فِي هذه شرية انا من نظر دي ابحثت كل ما حدث بعض الصحابة رضي الله عنه مما جامس قدر اللارورة والهادث فهم من اللعب واللهوي صحابة رضي الله عنه عند قالت انجشاشم ضرورت انجام حادث انجام افرم جلقاً لك ضرورت انجام حادث انجام നന്നത്യാവശ്യമുണ്ട് ഹാജത്താവുമ്പോൾ കുറച്ചുകൂടെ ലേശായവുണ്ടാവും അപ്പൊ നറൂറത്തിന്റെ ഹത്തും വിട്ട് ഹാജത്തിന്റെ ഹലും വിട്ടിട്ടുണ്ടാകുന്ന എന്തുണ്ടോ അതൊക്കെ ലൈബ് ലൈവായിട്ട് കൂട്ടണംബലീസിലാനത്തുള്ള അലിയത്തൊട്ട് പറയുന്നു സഹാബ സഹാബത്തെ അറിയന്നാഹുലുന്റെ കാലത്ത് ഇബിലീസ് വാന്റെ പട്ടാളക്കാരെ ലോകത്തേക്ക് അയച്ചി പല നാട്ടിലേക്കും മഹസൂരിയും നിരാശരായിട്ട് മനസ്സുവ വേദനപ്പെട്ടിട്ടാം ജിരിച്ചു വരുന്നു എന്തേ പണിയൊന്നും കിട്ടിയിട്ടില്ലേ കാലും ആ ചെലക്കും എന്താ കൊട്ടാളൊക്കെ പറ അസഹാഭിമാറം പോലത്തെ ഒരു കൂട്ടം ഞാൻ കാണുന്നില്ല ഈ മാസീം ഇന്നും വക്കത് അസഹന നമ്മളവരുടെ വക്കുന്ന് എന്തെങ്കിലും ഒന്ന് തട്ടിപ്പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓർന്നെ തകർത്തിക്കളിയും അസഹാഭിമാരുടെ അവസ്ഥ കാണും അസഹിമാർ ജയിക്കാൻ നോക്കുകയില്ല സ്വകാല ഇന്നക്കും അത് സഹിബു ലാത്തീറോനായിരിക്കും അത് സഹിബു നബീയഹും സഹിബു തൻതീര റബ്ബിയും അങ്ങനെ വിവരീതി പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു അസാധിവാളി നീക്കം കഴിയാത്തത് ഓരോരോ നബിനോട് സ്വഹൈബത്ത് കെട്ടി റബ്ബിന്റെ വാക്കലിൽ നിന്ന് വഹയ്യറങ്ങുന്നതൊക്കെ താട്ടിയായി തീർന്നു ഇതിനൊരു കൂട്ടർ വരുന്നുണ്ട് ഓരോ നബിയുമായിട്ട് അകന്നിട്ടുണ്ടാവും വഹയ്യു കണ്ടിട്ടും ഉണ്ടാവില്ല സ്വന്തം ഓരോന്ന് നദീനാക്കി കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഓർമ്മലോടെ പിടിച്ചാൽ കത്തുന്നൊള്ളി ഉണ്ടാവും അതാ വരാൻ ബാധം കോമും തനാനുഗ്രഹ മിഹും രാജത്തക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടാവുന്ന ഒരു കോമെ അടുത്തു വരാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ താപങ്ങളെ വന്നതിന് ശേഷം ഒരടവ് നോക്കാം ഭർത്തുനോദുവിനാക്കി ഫോർ അവറും അങ്ങനെ തന്നെ ആയിട്ട് തിരിച്ചു വന്നില്ലേ സ്വകാലോ മാറായി മ്മെ മറ്റോർ ഇന്നാക്കാൻ ആചാച്ച ഒന്ന് കണ്ടെ നേരത്തെ ഓരോ ദോഷം ജയിപ്പിക്കാനും കഴിയാത്ത ചുറ്റുപാടല്ലേ ഇവർക്ക് ചില ദോഷങ്ങളൊക്കെ പിടിപ്പിക്കും പിടിപ്പിക്കുന്ന ദോഷമെന്ന് അറിയുമ്പോ തന്നെ അതോടെ ഇസ്തഫാൽ ഓർ തോമ്പാറ്റി മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മൾ ചോദിച്ചില്ലേ അല്ല പൈതാക്കാൻ ആശുഗണഹാർ എത്തിയപ്പോൾ അഹദദോഫിൽ ഇസ്തിഫാദിനോട് നിലക്കെട്ടിട്ട് ഫൈംബത്തിൽ ആഹ് സയ്യാദിഹിമ സയ്യാത്ത അച്ഛനത്തു മറിഞ്ഞുപോയി അവിടെയും തോറ്റി وقال انكم لن تنالوا من هؤلاء شيئا اكو തന്നിന്ന നിങ്ങൾക്ക് ഒന്നും ഖുതുറ ലിസിഹത്തി തൗഹീദിഹിം വതിബാഇലിസ്മിഹിം ലിസുന്നത്തി നബിയഹിം صلى الله عليه وسلم അൽകിബാഇദ കാരണത്താലും അവർ തൗഹീദ് തഹിയായി വന്ന കാരണത്താലും നിങ്ങൾക്ക് കൊടുക്കാൻ കൂടുതൽ എന്ന് പറഞ്ഞു വനയതൻ ദയതിബാദ ഹൗലൈ ഖൗമൻ തകറു അയ്യുക്കും ബിഹിം ഇനി ഒരു കാര്യം മനസ്സിലുണ്ട് അന്ന് നിങ്ങളെ കണ്ണു കുലുക്കുക എന്ന് പറഞ്ഞു അതിന് ഇബ്ലീസിനെ പറ്റടക്കാരോട് ോറൊക്കെ കൊണ്ട് നല്ലോണം കളിപ്പിക്കാൻ കഴിയും അസിമത്യുവറ തടിഹവ മോറ മൂട്ടിന് കയറിട്ടിട്ടുണ്ടാക്കാൻ കഴിയും തടിഹവ കൊപ്പിച്ചിട്ടോട് പേരിച്ച് കൊണ്ടുവരാനും ചെയ്യും കൈഫസ്റ്റ് ദിവസം നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും മരിച്ചാൽ കഴിയും അവർ ചെയ്യില്ല പൊറുക്ക പൊടുൂല വലായത്വം പോലെ സ്വഭീം ചെയ്യൂലും മറിക്കേണ്ടി ജവാബല്ലി പറഞ്ഞപ്പോ ഓർ ഇസ്തുകാറ സ്വീകരിക്കപ്പെടൂല്ല കാരണം മനസ്സിലുള്ള വായില്ല ഇന്ന തോബ ഉണ്ടോ തോബയും ഇല്ല തോബ ഉണ്ടെങ്കിലല്ലേ സയ്യാത്ത ഹസനത്തായി മറികടിയും അന്നൻ ഖാല ഫദാഅകൗമു ബഹദൽ ഖർനിൽ ലബ്ബി വന്നാമത ഖർനം കൈഞ്ഞ നിശേഷ ഫബത ഫീഹിമുൽ ലഹുവ വസയ്യിനലഹുമുൽ ബിദാഅ ഫലതന തദിഹവഗനം അവരിനി പരന്നു പരത്തി ബിദാഅതിനെ ഓർക്ക് തസീനാക്കിയപ്പോൾ ഫതഹൽ ലുഹ വതഫദുഹാദീനൻ കനബു ആമറദിനല്ല ഫതഹല്ലുനാ ഫതഹ്നൗഹാല്ലേണ്ടി അവരദിന മധരമുള്ളതാക്കി തീർതുകൊണ്ട് അതാ പറി മറിച്ചു അതാ ചെല്ലണ വരാണ നല്ല കാരണം അടിച്ചിടിപ്പിക്കപ്പെട്ടു വിചാർത്ഥ സ്ഥലത്തേക്ക് കഴിച്ചാൻ അവിടെ വിളിച്ചുകൊണ്ടപ്പോയി നമുക്ക് അപ്പൊ ഒരു ചോദ്യം ഉണ്ട് ഫൈൻകുളത്ത മിന്നായി ബ്രിഡീഷ് ആരാ പറഞ്ഞാ എല്ലാ ഇബ്രീഷിന് അയച്ചത് പറഞ്ഞാൾ ആര് ഇവ റുക്കിയാന്നല്ലേ അവർ റുക്കിയാൽ തനതവിടെ നിങ്ങൾ ഇബ്രീഷിന്റെ ചെച്ചിരിങ്ങനെ പറഞ്ഞല്ല ഇവക്കിയെന്നാ പറഞ്ഞു ഇബ്രീസിനെ കണ്ടാൾ ആര് അയച്ച ആൾ ആര് തനത്തെ കൊണ്ട് കളയുന്നില്ല പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ ഉത്തരന്തവിടെല്ല അല്ല ഫൈൻകുളത്ത മിന്നായിന് അറഫ കായു ഹാത മാക്കാലോ ഇബ്രീഷ് ഇബ്രീ സിംഗിനെ അയച്ചെന്നും പറഞ്ഞെന്നും മടങ്ങിയോന്നൊക്കെ ഈ പറഞ്ഞ കിടന്ന് കിട്ടിയത് വലം വിസാനീലിക്ക് ഇബ്രീസിന്റെ പറഞ്ഞിട്ടില്ല അതിന് മറുപടി കശിന്റെ ഹരിതാർക്കുണ്ടല്ലോ മലക്കൂത്തിയ അസ്താറുകൾ മുക്കാച്ചിട്ടും അതാ ബി ഹൈക്കോലായ അല മൂന ഓർക്കേത് ഭാഗത്തിൽ കൂടിയാണ് കൽബിലേക്ക് അത് വന്നു ചേർന്നു എന്ന് സബീലിനെ കുറിച്ച് ഓർക്കൊന്നും അറിയില്ല എല്ലാമായിട്ട് മനസ്സിലേക്ക് വരും ഈ എല്ലാവിനെ തകർന്നു വരാതിരിക്കാനാ മുമ്പ് ആഗം തന്നെ മസീൽ വേദന കുറിച്ചാണ് വെച്ചത് വത്താറത്തന്നല സബീൽ സാധിക്ക ചിലപ്പോൾ സാധിക്കായ സ്വപ്നം കണ്ടിട്ടായിട്ട് സീലുണ്ടാകാം വത്താറത്തംസിൽ മുഷാഹരത്തിൽ നംസിലെത്തി ചിലപ്പോൾ യക്കളത്തിൽ തന്നെ എന്താവുന്നറിയോ ചില മിച്ചാലുകൾക്ക് കാണും മിസാലുകൾ കാണുമ്പോൾ അതിന് താബീട് ചെയ്താൽ മാന കിട്ടും സ്വപ്നത്തിൽ കാണുമ്പോ സ്വപ്നത്തിൽ ചില മിസാലാ കാണാൻ ഈ മിസാലിന് എന്തായിരിക്കും അർത്ഥം നടക്കുന്നു അതിന് മാനുണ്ടാവുള്ളൂ താബീറു മാനക്കൊപ്പിച്ചിട്ടേ ഒരു മിസാൽ കൊണ്ടേട്ടാണ് തം മസൽ എന്ന് പറയുന്നത് നെർബുൽ മസലിൽ നിന്ന് ഇതിന്റെ കാതലായ വശം ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിന് താബീർ എന്ന് വരും കമായ കോണസിൽ മനാമി സാധാരണ ഉണ്ടാകാനുള്ളത് തന്നെ വഹാദ അല ദരജാത് ഈ കത്ബുൽ മആനി എന്നുള്ള യഖലതു തന്നണ്ടുന്നണ്ടല്ലോ അതാണ് അല ദരജാത് വഹീ മിൻ ദരജാത്തിൽ നബൂബത്തിൽ ഹാലിയ കമാ അന്ന റുഈ സadiq ബജുഉ മിൻ സিত্তത്തിൻ വ അർബഈന ജുസ്മിൻ അൽ നബൂബ അനെ അപ്പുറ എന്നുള്ള ദ റുഈ സadiq അ നബൂബത്തിൽ 46 രംശമ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ മൂന്ന് ശബീൽ പറഞ്ഞതാണ് ഫയ്യാക അൻ യകൂന ഹൽലുക മിൻ ഹാദല്ലിൽ ൻകാറ മാ ജാവസ ഹദ്ദഹു ഖുസൂഇ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവര് ആക്കൾക്ക് കാണുന്നതിനെപ്പറ്റിട്ട് ഇൻഗാറാക്കലാവാൻ പാടില്ല നിന്റെ കുസൂറിന് നിനക്കൊരു കുസൂറുണ്ടല്ലോ ആ കുസൂറ് എന്താക്കാൻ പാടില്ല ഇൻഗാറിന് കാരണമാക്കാൻ പാടില്ല അതായത് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കും കിട്ടില്ല അങ്ങനാക്കിയ കാരണത്താൽ ഫത്തി അലക്കൽ മുത്തഹദിക്കൂന അങ്ങനെ ഈ ആ ഒഴിവ് കൊണ്ടെല്ലാം യാത്ര ചെയ്തു എന്ന് വാദിക്കുന്ന കുറെ മെയിലയാക്കന്മാരുണ്ട് അവരെല്ലാം ചിലത് ഹലാക്ക് ആയിപ്പോയി ഈ കാരണത്താലാണ് ഞാൻ കിട്ടിന് അപ്പുറം അച്ചു കിട്ടാൻ ഉണ്ടാവില്ലെന്ന് ഞാൻ ഓദ്യ കിട്ടാതി ആ ദുഃഖിരുവാന്നില്ല എന്നല്ല അവർന്നെ കത്തിരിക്കുന്ന ദുഃഖം ഞാൻ ഓത് കിട്ടാതില്ല അത്ര കിട്ടാവ ഓദ്യിയെ കേരുന്നാ ഓദീന മകനെപ്പേരം കിട്ടി ില്ല അള്ളാഹു അവർക്കുള്ള ഇത്തരം കാര്യം ഇൻഗാറാക്കുന്ന ബുദ്ധിമാന്മാരാക്കാണെ നല്ലതാരാന്ന് അത് സംവദിക്കുന്ന ജാഹിറാണല്ലെന്നോ അങ്ങനൊന്നും സംവദിക്കുന്ന ജാഹിരല്ലേ ഇൻഗാറാക്കുന്ന ആക്കല്ല നല്ലതാ പിന്നെ അവര്യാക്കൾക്ക് ഇങ്ങനെ ഇൻഗാറാക്കുമ്പോ എന്താ പിന്നെ അമ്മയേക്കെ ഇംഗാറാക്കണ്ട അവർ ഒട്ടുപാൽപ്പം സമീരള്ളേ വമൻ നങ്കറാരിക്കലിൽ ലവുലിയായിിയായി അമ്പിയാകൾ ഇൻകറാക്കൾ തീരുല്ലേ കാരണം അങ്ങനെയാകുമ്പോൾ അനിസുല്ലിയോട് നിൽക്കാൻ പറ്റിയിട്ടില്ലാലിക്കൾ പറയുന്ന ഇന്നമംഗത്തു വസ്ത്രൂർ അബുദാലിയ മുങ്കെന്ന് പറയുന്ന ഭൂമിയിൽ അല്ലെ കണ്ണുകളെ തൊട്ട് ജുംഹൂർ ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ അവർ മറഞ്ഞുപോയി അതുകൊണ്ടാണ് വ്യാന്നം ലാൽ സീക്കോനാ ഉലമാ ഈ കാലത്തുള്ള മുലേക്കന്മാരെ കാണാൻ ഇവർക്ക് സഹിക്കാത്ത ഓർ ഉൾച്ചതെന്ന് പറഞ്ഞു അന്നേരം മൂന്നൂന്ന് ശേഷം ഉലേക്കന്മാരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഓറെ കാണാൻ മറ്റോർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവരുടെ എമ്മി ഉൾച്ച ഓർ എങ്ങോട്ടെ ജുഹാലും ജാഹിരീന ഉലമാവ് ഈ ഉലമാവുൽ വെക്കട്ടെന്തായിന്നറിയോ അള്ളാനെ കൊണ്ട് ജാഹിരീങ്ങളാണ് ഓറെടുക്കലും ഓറെ കാണുന്ന ജാഹിലിനടുക്കലും ഓർമ്മ ഞാൻ പറഞ്ഞു ഇന്നമിന്നൽ ജഹ് ജഹിലി ഒരു ജാഹിലെ ഓണിക്ക ജഹലുണ്ട് ജഹലിനെ കുറ്റിപ്പറ്റിയുള്ള വിവരം ഓണിക്കില്ല ജഹിലുണ്ട് എന്നുള്ള വിവരം ഒനിക്കില്ല അപ്പൊ ജഹ്ലി കൊണ്ടുള്ള ജഹിലായില്ലേ അല്ലെ വന്നതുറിയല്ലാമത്തി കലാമി അഹലുൽ കപില അതുപോലെ റഫലത്തിന്റെ ഹലുകാര കലാം ഇങ്ങനെ കേട്ടിരിക്കാൻ എന്ത് റഫലത്തിന്റെ അതിന് കൂടി നേരം കളയു അതുപോലെയോ ആമത്തിനകത്തേക്കുള്ള നോക്കലും ഓറല്ല അങ്ങനെ ഓടക്കുമ്പോൾ നമ്മൾ കഴിക്കണ്ട ആത്മത്തെ നോക്കിട്ടല്ലേ ജീവിക്കേണ്ടത് അവാസിനകത്ത് നോക്കിയിട്ടല്ലേ ജീവിക്കേണ്ടത് ഇത് ഏറ്റവും അളവമായ മാറ്റി وكل عالم من حالف الدنيا فلا ينبغي ايجسغا ينجسها الى قولهم بل ينبغي ان تهم في كل ما يقولوا لان كل انسان يقول فيما احبب واذا فهم عليه وافقوا احبابه امم يا ذاليم الدنيا بلا بوند انالي فلا ينبغي اصائلى قولي هو அந்த قول لديك చెవియొడుకన్ పట్టి జులనో అమ్ములార్ కర వాక్కు వేకనే జుల ఎందుకొంటే ഓൻ എന്തിനാണോ ഫോണ്ടെ കഴിഞ്ഞൊപ്പിച്ച് ന്യായീകരിച്ചിട്ടേ സംസാരിക്കും അവനെ കൊണ്ട് സാധിച്ചു ഓൻ പ്രതികൂലമായി വന്ന് സംസാരം സംസാരിക്കാൻ ചെയ്യൂലേ ബാങ്കുകാരെ ഫലിച്ചിട്ടു പറഞ്ഞു ഓൻ പറയുന്ന ഇതെല്ലാം ഓനെ തെറ്റിദ്ധരിക്കേണ്ടി കാരണം ഇൻസാൻ യഹുമു ഫീമ അഹംബാ യൂസഫ് മാലായുവാക്കും അഹബൂബവും അവനവന്റെ തടിഞ്ഞ വാക്ക് നിരക്കാത്തത് തള്ളിക്കളിയും അവർക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് പൂണ്ടുപിടിക്കുന്നതാണല്ലോ വളിതാലി കാലു പോ എന്റെ നിൽക്കുന്ന തൊട്ട് ഏത് കാല കൽബനെ വസിലിലാക്കിയിരിക്കുന്നുവോ തടിഞ്ഞവാനെ ബിംബെ ചെയ്യുന്നുവോ അവനെ നിങ്ങൾ വെപ്പടാന്ന് കണ്ടി വെള്ളം വന്നുകൊടുത്തത് ഒരുപാട് കുറ്റം ചെയ്യുന്ന നാടന്മാരുണ്ട് അവാമ് അവരാണ് ഏറ്റവും നല്ലത് ആരേക്കാളും മിനൽ ജുഹാനിന്റെ ദീൻ ദീനിന്റെ തരിയക്ക് കൊണ്ട് അവർ ജാഹിര്യങ്ങൾ അതോടൊപ്പം അവർ ആര് നിങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചും പോയി ദീനിനെ കുറിച്ച് അറിയില്ല എന്തായാലും എന്നാൽ അവരേക്കാണ് നല്ലത് ഒരുപാട് കൊച്ചൻ ചെയ്ത് എടുക്കുന്ന നാടന്മാരുണ്ടാവും ഓറാ ഞാൻ കാണാം സജ്ജന എന്തുകൊണ്ടല്ലാമിയല്ലാഹിയ മുത്തരീഫും ഓനിക്കേറയി തെറ്റാ ഞാൻ ചെയ്യുന്നു പക്ഷോനെ നമ്മൾ പൊട്ടുപോയല്ലോ പോയ സൂപു ആവൽ മൊയ്താറോ അള്ളു ആനിന്ന് വിചാരിച്ചോരന്താക്കും വാന്നമാഹുമായി നമ്മ ഏർപ്പെട്ടല്ല ഇൽമിന്റെ നിങ്ങളിൽപ്പെട്ടതാ അന്നാക്കുക അതല്ല ഇൽമിന്റെ വകുപ്പുകളാണ് അല്ല പിന്നെ വസായിരഹ ദുന്യാ ഇങ്ങനെ ദുന്യാവിലേക്കുള്ള വസീലോകി തലീത്ത് ദീനി അതുകൊണ്ട് പല എത്തും പരാ തോമ്പി മണ്ണിച്ച് കാരണം അല്ല തോന്നിയാൽ പിന്നെ വേണ്ട എന്തും പണ്ടര വൈദാകളബാസി ഇല്ലാമൻ അസമഹ്മാരക്കത്താസമിഹീം അക്ഷരല്ലാസിന്റെ മേലിലും ഇത് കാറിഭായി ചേർന്നിരിക്കുന്ന വൈദാ നല്ല വൈദ്യുന്നിലുണ്ടോ വഇം ഗലബ അഹദാലാ അഫ്സർുന്നാസി അഫ്സർുന്നാസി നിം ഇഗാളിബൈ പോൽ പക്ഷെ എല്ലാരയും പറയില്ല ഇല്ലാമന തമഹുള്ളാ അല്ലാ കാത കുറച്ചാള ഒഴിച്ചിട്ട് വങ്കത തമാമിൻ ഇസ്ലഹീം എരിവറ നേരെയാക്കാ എന്ന പോദിവട അവതരിച്ചിരിക്കുന്നു ഇനി നേരെ ആവാനല്ല ഒരു ശ്രമ കൂടിയ ആഗ്രഹം വെക്കണ്ട അങ്ങനയേ പോൽ ഇന്ദവണി ഫൽ അസ്ലമു ലിദ്ദീനി അൽ മുസ്താഫി അൽ ഉസുലതുൻ ഇൻഫറാദുൻ ഹും ജീനിന്റെ അൽപ്പം ഹത്തിയാത്തുള്ള ഒരാൾക്ക് നല്ല പണി എന്താന്ന് ഒരു പാർട്ടിയിലും കൂടണ്ട ഈൻസർ ആദായ് കൂടിക്ക് ഒരു പാർട്ടിയും അമിതിപ്പെടുക്കേണ്ടി കിതാബിന്റെ ഭയാനുത്ത് എന്നെ പറ്റിയുള്ള വിഷയം നല്ലോണം വരുന്നുണ്ട് അത് വേറെ ഔദിക്കഴിഞ്ഞു വെച്ചാൽ രണ്ടാം ചോദ്യത്തിൽ വലിതാലിക കത്തബ ജൂസിനെ ഹൃദയത്തിൽ എഴുതി ഹൃദയത്തിൽ ഇബ്രാഹിം ഇപ്പട്ടം മാ വന്നുക വന്നം വക്ക ലാജിതു അഹലൻ എതുക്കുറുന്നാഹത്താലം അഹു ഇല്ലാക്കാനാ ആസിമൻ നൽകാനത്ത് മുതാക്കരത്തും ആസിയത്തിൻ ദാലിക്കാൻ അന്നഹു ലാജിത അസവും വഴക്കത് സതക്ക എന്താ ചോദിക്കുന്ന മാ വന്നുക്കെ യൂസഫ ചോദിക്കുന്ന ആരോട് ഹൃദത്തിൽ മറച്ചിനോട് നീ എന്താ വിചാരിക്കുന്നു മീമം വക്കിയനെ കൊണ്ട് ലാജിതു അഹലൻ എതുക്കുറുന്നാഹത്താലഹു അവരോടൊപ്പം ധിക്കറി ചെല്ലുന്ന ഒരാളെ കാണുന്നില്ല ഇല്ല കാൻ ആസിമൻ ആസിമായിട്ടല്ലാതെ അവക്കാലത്ത് മുതാകർത്തും ആസിയത്തൻ അല്ലെ മുദാക്കറത്തും ആശയത്തായിട്ടല്ലാതെ കാണുന്നില്ലല്ലേ അത് അവരെ പറ്റി എന്ത് വിചാരിക്കുന്നു അതെന്താ ചോദിക്കാൻ വതായി അഹുലഹു അതിന് പറ്റുന്ന ആളുകളെ കിട്ടുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം വന്നത് നോക്കതാ വലക്കുന്നത് ഇതേ ഇത് ഇമം പറയുന്നത് യൂസഫിന്റെ അസുമാ പറയുന്നത് ശരി എന്തുകൊണ്ട് മുതാക്കർ എന്തുകൊണ്ട് ആക്കിയതായി അതിന്റെ മുഖാലത്ത് തന്നെ പൊക്കാൻ റീബത്തിന്റെ അവത്തിന്റെ ആ സുഖത്തിനല്ലാ മുങ്കരീം ഒന്നിച്ചിൽ തനിച്ച് റീബത്തായിരിക്കും അല്ലെ റീബത്തിന്റെ സമാ ആയിരിക്കും അല്ലെങ്കിൽ മുങ്കറായ കാര്യം ഉണ്ടാതിരിക്കലായിരിക്കും അല്ലേ വന്ന അഹസൻ അഹബാലുസീദു അഹസനുള്ള അഹ് ഏതാ വേണ്ടത് ഒന്നിക്കും ലിബിനെ ഇഫാത ചെയ്യണം എല്ലാം ഇല്ലാത്ത പഠിപ്പിച്ച് കിട്ടേലേ ഉണ്ട് അത് അന്നും കിട്ടാനില്ല കൊറേ അഹീബത്തും നവീമത്തും പറഞ്ഞ് പ്രസാദാക്കാമല്ല വലോ അമ്മ ആദൽ മിസ്ക്കീനും അലിമ അന്ന ഇഫാദത്തു രാഷ്ട്ര ജിയാ ഈ മിസ്ക്കീനും ആലോചിച്ചിട്ട് ഈ ഇഫാത ചെയ്യുന്നുണ്ടല്ലോ ലിമ്പിനെ ബാധാക്ക് ഇട്ടുകൊടുക്കരുത് അത് ജിയാന്റെ സാഹിബത്തിനൊത്തൊട്ട് കാലിയാകുന്നില്ല എന്നോരറി ഓ തലബൽ ജം റിയാസ അതുപോലെ തന്നെ ഓ തലബിൾ ജംഇ ശിനുള്ള പകൽ കൊറേ ജനക്കൂട്ടത്തിനെ തേടലും റിയാസത്ത് കിട്ടലും ഇതിനെ തൊട്ടും ഒഴിയുന്നില്ല എന്നാൽ അരിമ അന്നൽ മുസ്തീദ് ഇന്നമായി അംഗീതാലി ആലത്തനിലാ തലബിദുഞ്ഞ ഈ മുസ്തഫീദായ മനുഷ്യനും ഇതാക്കുന്നുണ്ട് തലബുദ്ദുഞ്ഞനെയും ചെറുതേക്കുള്ള ബസീലായി തന്നെയും ബന്ധിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിനുണ്ട് അപ്പൊ രണ്ടു കൂട്ടായി അതാണ്ട് മുതാക്കറ മനസ്സിൽ തരുന്നത് രണ്ട് തലസൊന്നും പണ്ടേ അപ്പൊ പോയക്കോ മൊനല്ലഹോ അല്ലാതായി കേൾക്കാൻ വരുന്നവന് അതിനെ സഹായിക്കുന്നവനെ വൻ അതിന് ചിന്താങ്കുന്നാളും അസുബാധി ഏതോ കല്ല രീതി കുത്തായും അപ്പോ കൊള്ള ചെയ്യാൻ പോകുന്നാൽ വാള വിച്ചവന്റെ മതിയായി ഒഴിവന് കൊള്ളക്കാരൻ വാള് വിച്ചോന് കൊള്ളക്കാരൻ കൊള്ള ചെയ്തവന് കൊള്ളക്കാരൻ ി ഇൽ വാളാക്കിക്കോ അല്ലെ ഖൈരന് അത് ഉപയോഗിക്കുന്നു അതേപോലെ വാള് കൊണ്ടപ്പോ യുദ്ധം ചെയ്താൽ എന്താകും ഹൈരനെ അത് ഒരു അനാവശ്യമായ കോത്താൻ ഉപയോഗിച്ചാലോ ദൂശിയാക്കി മാറിയല്ലേ വൽതാരിക്കൽ ആയുറക്ഷോ ഫിൽ ബൈ അതുകൊണ്ടാണ് ഈ വാള് വെക്കൽ ഈ വൃക്ഷം എടുക്കാത്തത് അരിക്ക് മിമ്മി അലമു കടാങ് അവാളി അന്നം ഇരുതി ആനത്താല കപ്പലിയെ കൊള്ളയടിക്കാൻ വേണ്ടി ഇവനെ ഉപയോഗിക്കും എന്ന് നമുക്ക് ഒരു മഞ്ഞുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇവന്റെ വാട് വൃക്തം പാടില്ല ഇതുവരെ കറായനുള്ള ഹാലി കൊണ്ട് ഇവൻ തലബുദ്ധി ഞാൻ ഉദ്ദേശിക്കാനാണ് ഇവങ്ങനെ ഇവിടെ കേൾക്കാൻ മതിരിക്കുന്നത് എന്ന് ചിന്തിട്ടുണ്ടെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ കണ്ടാൽ മുത്തത്തിൽ ഫീത്തലക്ഷരാമാസം പിന്നലാ മാസ ഉരമായ ഉള്ളാസടത്തിന്റെ പന്ത്രണ്ട് കാലം ഞാനിത് അറിഞ്ഞിരിക്കുന്നു സജ്മത്തെ മിന്നഹാ അതിൽപ്പെട്ട ഓരോന്നിട്ടാൽ തന്നെ സജ്ജമില്ലത്തരമായി സ്ഥലപ്പുസാദിനെ അഖലാത്തിൽപ്പെട്ട വലിയൊരു ചൊല്ലൊരു ചൂട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് സഭുനഹതീ നീ രണ്ടിൽപ്പെട്ട ഒരാളാവണം ഇമ്മ മുത്തം വിഹാദി സിഫാത്തുകൊണ്ട് മുത്തത്തിപ്പായ ഒരാളാവുക അന്ന് മുന്തിയാളായി അല്ലെങ്കിൽ അത് മുഹത്തേക്കും വിശക്തി മാൽക്കഥാ നീ ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് പക്ഷെ നമുക്ക് ആകാൻ കഴിയില്ലല്ലോ എന്ന കേദപ്പാട് പ്രകടിപ്പിക്കുന്ന ഒരാളായാലുണ്ടല്ലോ ഒന്നി പോലെ ഇപ്പോ എന്നല്ലാണ്ട് ഞാൻ തന്നെ തേൻ എന്ന് പറഞ്ഞിട്ട് ഊണോന്നുണ്ട് വയ്യ കണ്ട കുഞ്ഞാലി ആ സാധിക്കണ്ടല്ലോ ഞാൻ തന്നെ അറിയും ദുഞ്ഞാവിന്റെ അലത്തുണ്ടപ്പോ നീനന്റെ അലത്താക്കി മറിക്കാം തീരത്തിൽ എന്നിട്ടോ ബത്താലിയെ ജീവ ക്രമം ഉടമ റാസന് തീറു മാറ്റു കൂട്ടിക്കലും ബിസുമ്രത്തിൽ ഹാനിഹീനല്ലായി നിന്റെ ജഹുദിനിൽ നിൻകാറും കാരണത്താലി ഹാനി കീങ്ങൾ ഒപ്പത്തിലേക്കല്ല നിർമ്മിച്ചു കൊടുക്കുന്നു فبحا حال كل جمهور فذكر الله تنجلنا ممن لا تغيبه حاجات الدنيا ولا يغيبه بالله الغفور امين ثم امين امين برحمتك يا ارحم الراحمين